ജന്മജന്മാന്താർജിതങ്ങളായിരിക്കുന്നത് വിവിധരാശികൾ സമ്മതങ്ങളായി ചുമരൂക്കുന്നു നിശ്ചയമത്രയല്ലോ ആകുന്നത് എന്നത് കൂടാതെ കണ്ട് മറ്റേ സാരങ്ങളായി അനിത്യങ്ങളായി അത്ഭുതപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം അർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത് അത് ഈ മനുഷ്യർക്ക് അത്ര ഘട്ടം മനുഷ്യജന്മം എട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കെ വെച്ചും കൊള്ളാം സുഹൃത ദുഷ്കൃതങ്ങൾ സൂര്യങ്ങളായിരുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിച്ചു എന്ന ജന്മത്തെ ദൈവവിദ്യ ലഭിച്ചവക്ഷം വ്യക്തമാക്കിക്കളയാതെ കണ്ട ഒരു അവസരം ഒരു സമയത്തെങ്കിൽ നിശ്ചരവ ദുരിത നിവൃത്തി വരുത്തി എരി വരുത്തിക്കൊള്ളുവാനായിക്കൊണ്ടു വേണം അതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊടുവാൻ രാമചന്ദ്രൻ ഭഗവാൻമാരെ ഭഗവാൻമാർക്ക് പല പ്രകാരണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ ആധ്യാത്മികങ്ങളായും അതിഭൗതികങ്ങളായും അതിജൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായിരുന്നു സങ്കടങ്ങളെ യാതകരം തന്നെ യഥാവലേ ദൂരത്തുങ്കൽ കളഞ്ഞ് ഇഹലോകത്തുങ്കൽ സൗഖ്യത്തെയും പല ലോകത്തുങ്കലേക്ക് സജസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആര്യതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത് എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ രാമചന്ദ്ര രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ രാമചന്ദ്രനോ എന്തിനാകുന്നത് ഇത്ര അവിടെ സംശയിക്കുന്നത് ഗുരുകുലാലങ്കാരൂതനായി ദശരഥപുത്രനായി ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭഗവാൻമാരുടെ രക്ഷയ്ക്കായി കൊണ്ടു കൽപ്പിച്ചത് ആയതുകൊള്ളാം നല്ല ശിക്ഷ കുതിച്ചു ഇത്ര രക്ഷാ സാമർഥ്യമുണ്ടായിട്ട് തന്തെപ്പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔഗണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത് ആയുധ ഹേതുവായിട്ട് അവസ്ഥാഭേതുവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനക്ക് ശക്തിയേറാനുണ്ടായിരുന്നു ായ ലക്ഷ്മണനോഹു കൂടെ സീതാദേവിയെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന സമയത്തുങ്ങൾ സീതാ വൃത്താന്തത്തെ പറഞ്ഞു മൃതനായുവിന്റെ ദേഹരഹനാദികളെ നിഗ്രഹിച്ച്ബന്ധനെ നിഗ്രഹിച്ച് ഗന്ധർ ശവമോക്ഷത്തെ പ്രധാനം ചെയ്ത് ശബരിക്ക് മോക്ഷം കൊടുത്ത് പമ്പാ നദിയതിക്രമിച്ച് മല്യവൻ സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്ന സമീപത്തുങ്കൽ സമയത്തുങ്ങൾ സമീപപ്രാപ്തനായ ഹനുമാൻ പാണ്ഡവാക്ക് ഹേതുവായിട്ട് സമീപത്തെ അപ്രാപിച്ച് സുഗ്രീവനും തമ്മിൽ സഖ്യം ചെയ്ത് കിട്ടി കിടക്കു പോകുന്ന സമയത്തുങ്ങൾ ശവശരീരത്തെ പാദാങ്കൂട്ടം കൊണ്ടടുത്തെറിഞ്ഞ് സപ്രധാന ഛേദനം ചെയ്ത് സുഗ്രീവൻ െ യുദ്ധത്തിനായി കൊണ്ടുപിടിച്ച് അത് സമാരമായിരിക്കുന്ന യുദ്ധത്വങ്ങൾ ഭീതനായ സുഗ്രീവൻ ആ യുദ്ധഭൂമിയിൽ നിന്ന് പരായനം സമയത്വങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമാധാനിപ്പിച്ച് അടമ്പ് വള്ളി കൊണ്ട് ഒരു മാല സുഗ്രീവന്റെ കഴുത്തിൽ ഇട്ടതിൻ്റെ ശേഷം നിശ്ചിന്തയെ പ്രാപിച്ച് ബാലിയെ യുദ്ധത്തിനായി കൊണ്ട് വിളിച്ച സമയത്വങ്ങൾ ബാലി സുഗ്രീവന്റെ സിംഹനാഥത്തെ കേട്ട് കുപിതനായി യുദ്ധത്തിനായിക്കൊണ്ട് പുറപ്പെട്ട സമയത്വങ്ങൾ ബാലിയെ തടഞ്ഞ് ഓരോരോ വാക്കുകളെ പറഞ്ഞ അവസരത്വങ്ങൾ ിജം കൊണ്ട് ബാലയു ഓ വിപ്രകാരം ആയത് വിപ്രകാരമുവാ മധുസൂദന അവന് ശരണമായിട്ട് ഇന്ദിരം ഭവിക്കൂ ഓഹ് ഇന്ദിര അങ്ങനെ തോന്നുന്നു അവന് സഹായം ചെയ്തളയാം താരപ്പ എന്താ പറഞ്ഞത് ഞാൻ യുദ്ധത്തിനായി കൊണ്ടുപോണ സമയത്തുങ്കിൽ സാര സാമാന്യത്തിലധികം പരിശ്രമിച്ചു ആ സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ പോയാൽ എനിക്ക് എന്തെങ്കിലും ആപസ് സംഭവിച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടല്ലേ ആ സുഗ്രീവനെ സഹായിക്കാനായിട്ട് ആരെയും ആരെങ്കിലും ഉണ്ട് അതാണ് സുഗ്രീവൻ ആദ്യ യുദ്ധത്തിനായി കൊണ്ടു വന്നേങ്ങണത് യുദ്ധം തെല്ല് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി പോയിട്ടുള്ള സുഗ്രീവൻ പിന്നെ യുദ്ധത്തിന് വരാനുള്ള കാരണം സഹായിക്കാൻ പ്രബലനായിട്ടുള്ള ആരുണ്ട് എന്നല്ലേ പറഞ്ഞത് അല്ലേ എന്താണ് ആ ദശരഥന്റെ പുത്രന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാര് സഹായിക്കാനുണ്ടെന്നോ ആര് സഹായിക്കുണു അവനെ ഈ സുഗ്രീവനെ സഹായിക്കാനായിട്ട് ആര് പുറപ്പെടുന്നു ആരും ഉറപ്പട്ടാലും എനിക്ക് ലേഷം തോരും ഭയല്ല എന്താണെങ്കിൽ ഇന്ദിരാ ഇന്ദിരം വന്നോട്ട് സഹായിക്കാനായിട്ട് എന്താണെന്നാണെങ്കിൽ ഇപ്പൊ അങ്ങനെ തോന്നി എന്ന് വരാം ഇന്ദിരന് സുഗ്രീവനെയും സഹായിക്കണം തോന്നി എന്ന് വരാം ഇന്ദിരൻ ആരാ എന്റെ അച്ഛനാ അച്ഛനായതുകൊണ്ട് കയ്യിലൊന്നുമില്ല അച്ഛനായ കൊണ്ട് പുത്രനെ സഹായിച്ചോളൊന്നുമില്ല ചിലപ്പോ അച്ഛൻ വിപരീതമായിട്ടും പ്രവർത്തിച്ചു എന്ന് വരാം എന്താ എന്തായാലും സഹായിക്കാനായിട്ട് പലരും ഉണ്ട് പക്ഷെ ഇന്ദിരനാണെങ്കിൽ ഒരാളൊന്നല്ല അനവധി ആളുകളാണുള്ളത് അല്ലേ മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരാണ് ഇന്ദിരന്റെ അധീനത്തില് ഉപദേവന്മാര് വേറെ എന്ന് മാത്രല്ല പ്രബലന്മാരായിട്ടുള്ള പലരും സഹായിക്കാനായിട്ട് പുറപ്പെടും എന്തായു കാരണം ബലന്മാരായിട്ടുള്ള ആളുകൾ അധികാരം കയ്യിലുള്ള ആളാവുക സമ്പത്ത് ധാരാളം ആവുക അവരെ സഹായിക്കാൻ പലരും ഉണ്ടാവും ഇന്ദ്രനങ്ങൾ കൊറപ്പെട്ടാൽ പലരും സഹായിക്കാൻ വന്നു വിടും ആരൊക്കെ ആയിക്കോട്ടെ ഇന്ദ്രന്റെ കൂടെ അനവധി ആളുകൾ അവരെല്ലാവരും കൂടി സുഗ്രീവനെ സഹായിക്കാൻ വരികയാണെങ്കിൽ താരേ വന്നോട്ടെ ആര് തന്നെ വന്നോട്ടെ വരട്ടെ സഹായിക്കാനായിട്ട് വരട്ടെ ഇന്ദിരോ ശരണം തസ്യ ഇന്ദ്രനാണ് ശരണം എന്നുണ്ടെങ്കിൽ താരേ എനിക്ക് ലേശം പോലും ഭയല്ല എൻ്റെ അച്ഛനാണ് ഇന്ദിരൻ വരട്ടെ എൻ്റെ മമ്മിലേക്ക് എനിക്ക് ഞാൻ എന്തിനു ഭയം ഭയപ്പെടുന്നു ലേശം ഭയല്ല ഇനി ഇന്ദിരൻ അല്ല അങ്ങനെ പറയാ പിന്നെയാ പ്രഭു മധുസൂദന മധുസൂദനൻ ലേ ശ്രീനാരായണം തന്നെ ആയിക്കോട്ടെ വന്നോട്ടെ നിസ്സാരനായിട്ടുള്ള ആളല്ലോ മധുസൂദന മധുസൂദനനാണ് ലേ മധുഹന്മാരെ തന്റെ ഉപായം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാണ് അതാണ് മധുസൂദന എന്ന് പറയാൻ കാരണം അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം എങ്ങനെയുള്ള ആളാ പ്രഭു പ്രഭുവാണ് സർവശക്തൻ എന്തിനും കഴിവുണ്ട് എത്ര ഫലവന്മാരായിട്ടുള്ള ആളുകളെ നിഗ്രഹിക്കാൻ കഴിവുണ്ട് അങ്ങനെയുള്ള വിഷ്ണു ശ്രീനാരായണൻ ആയിക്കോട്ടെ ഞാൻ എന്തിനു ഭയപ്പെടുന്നു അല്ലേ ഇനി വിഷ്ണു അല്ല പിന്നെയോ പ്രഭൂ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അദ്ദേഹം അല്ലേ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടുന്നു സംഭാരമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് സഹായം എന്നാലും താരേ എനിക്ക് ഭയമില്ല എന്താ കാരണം അവരാരും തന്നെ എന്റെ മുമ്പിലേക്ക് വരണ്ടാരും തന്നെ ഇന്ദിരാധിഗദേവന്മാരോ ഭഗവാൻ ശ്രീനാരായണോ അതുപോലെ തന്നെ സംഭാരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരനോ മറ്റു ലോകത്തെങ്കിലും വേറെ ആളുകൾ ആരായാലും വേണ്ടില്ല എന്റെ മുമ്പിക്ക് വരൂ ഒരാളും വരില്ല എന്റെ മുമ്പിലേക്ക് അങ്ങനെ വന്ന എന്താണ്ടാവുക ആരെങ്കിലും ഒരാളെ തന്നെ യുദ്ധത്തിനായിട്ട് വന്ന എന്ത് സംഭവിക്കും സജീവ പിന്നെ അവൻ ജീവനോട് കൂടി പോവില്ലാ എന്റെ മുമ്പിൽ വന്നാല് ദേവനാണ് ദേവന്മാർക്ക് ഒരു വിശേഷണ്ട മരണമില്ലാത്ത ഒരാണെന്നാണ് പറയുന്നത് അല്ലേ മരണമില്ല അതാണ് ദേവന്മാരുടെ പ്രത്യേകത അതുകൊണ്ട് കയറിന്റെ എന്റെ കണ്ണിന്റെ മുമ്പിൽ വന്നാൽ ഏത് അമരനായാലും അമരൻ അല്ലാണ്ടായിട്ട് തീരുന്നു ഞാൻ അങ്ങനെ അത് തീർക്കും അതുകൊണ്ടാണുള്ള ഒരാളാണ് ഒരാളും വരാത്തത് ഏതെങ്കിലും ഒരു ദേവനും എന്നെ നേരെ വരാൻ തോന്നിണ്ടോ ഏ എത്ര കാലായി സുഖരീവൻ അവിടെ കിടക്കുന്നു ആ ഈ മലയവാം പർവ്വതത്തിന്റെ മുകളിൽ എന്നെ ഭയപ്പെട്ട് കടക്കുന്നു വളരെ കാലായിട്ട് ആരായി സുഖരീവൻ ആദിത്യ പുത്രനല്ലേ ഏതെങ്കിലും ഒരു യവന് തോന്നിക്കൂടെ ഇതല്ല വേണ്ട സഹായം ചെയ്യണം എന്ന് തോന്നിയിട്ട് ഒരാളും പുറപ്പെട്ടിട്ടില്ലല്ലോ അറിയില്ല പുറപ്പെട്ടു എന്താ കാരണം എന്റെ മുമ്പിലേക്ക് വരില്ലയാ അവർക്കറിയാം അഥവേ ഞാൻ മരിക്കാത്ത ആളാണ് അമരനാണോന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്റെ മുമ്പെല്ലാം അങ്ങോട്ട് വന്നാൽ അതോടുകൂടി കഴിഞ്ഞു സംശയമില്ല അപ്പറിയാം അവൻ ദേവനാണോ മരിക്കാത്ത ആളാണോ എന്നുള്ളത് ആ ഭയം അവർക്കുണ്ട് അതുകൊണ്ടാണ് എന്റെ മുമ്പില് വരാത്തത് ഉണ്ട് എനിക്ക് ദേശം പോലും ഭയൻ്റെയാ ഒരാളും തന്നെ എന്റെ നേരിട്ട് വരില്ലേ യുദ്ധം ചെയ്യാനായിട്ട് എത്ര കേമനായിട്ടൊരാളായിക്കോട്ടെ അങ്ങനെയുള്ള ഒരു വൈഭവം എനിക്കുണ്ട് എന്റെ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ യുദ്ധം കൂടെ തുടങ്ങിയാൽ അവന്റെ ബലം എന്നിലേക്ക് വ്യാപിക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോ എന്താ അവൻ ദുർബലനായിട്ട് തീരും എത്ര കേമനായാലും പേടില്ല ഇങ്ങനൊരു അനുഗ്രഹം എനിക്കുണ്ട് ഏഹ് ദേവന്മാർക്കറിയാം ഇങ്ങനൊരു അനുഗ്രഹം എനിക്കുണ്ടേ അതാണ് ആരും വരാത്തത് ഒരാളും വരാത്തത് എന്നാൽ എങ്ങനെ എനിക്ക് ഈ വരം കിട്ടിയെന്നല്ലേ താരേ ലേ നിനക്കറിയാലോ ചരിത്രം മൊഴി അറിയണതല്ലേ കഥകളറിയാലോ ലേ എനിക്ക് എങ്ങനെയാണ് ഈ വരം ഞാൻ പോയി എവിടെങ്കിലും ദേവനെ തപസ് ചെയ്ത് ആ തപസ്സിന്റെ ഫലമായിട്ട് ദേവൻ അനുഗ്രഹിച്ച് കിട്ടി തന്നെട്ടോന്നല്ല സാധാരണ അങ്ങനെയാണല്ലോ പലരും അല്ലേ പരബലങ്ങൾ സമ്പാദിക്കാനായിട്ട് തപസ് ചെയ്യാൻ പോവാ അനവധികാരം കഠിനായിട്ട് തപസ് ചെയ്യാ തപസ് ചെയ്യം പ്രത്യക്ഷ ആയാ എന്താ ചെയ്യാ പിന്നെ അവരെ തരണേ എന്ന് പറയാം ഞാൻ ഒരാളുടെ മുമ്പിലും തരണേ എന്ത് വരെ പറഞ്ഞിട്ടില്ല ഒരാള് തപസ് ചെയ്യാൻ പോയിട്ടില്ല പിന്നെ എങ്ങനെയാ ഇങ്ങടെ അനുഗ്രഹിക്കേണ്ടായിരിക്കുന്നത് എപ്പോഴാണ് എന്റെ വൈഭവം കണ്ടിട്ട് എന്നെ അനുഗ്രഹിച്ചു അത് ൂ പുരാമൃതമന്ധനേവി ജസ്യ സുരാനവദ്യ സഹൻ പുല്ലേത്രമുരഗേന്ദ്രമുദഗ്രൂപം ആകൃഷ്യമാണമവലോകുസ്മസ്ത എന്റെ പരാക്രമത്തെ കുറിച്ച് കേൾക്കൂരക്ക് നിശ്ചയണ്ട് നിശ്ച ഉണ്ടെങ്കിലും വേണ്ടില്ല നല്ലോണം ഒന്നും ആലോചിച്ച് കേൾക്കൂത് ഭിയായിട്ട് കേൾക്കൂ എന്താണു പുരാഖലൂ വളരെ കാലം മുമ്പ് അനവധി കാലങ്ങൾക്ക് മുമ്പ് ഏത് കാലത്താ നിശ്ചല്ല അതാണ് പുരാഖലൂഹു വളരെ വളരെ മുമ്പുണ്ടായിക്കുന്ന ചരിത്രാണത് എന്താ എന്താ അമൃത മൃതമന് അമൃതമധന ഉണ്ടായി ദേവന്മാർക്ക് അമൃത സമ്പാദിക്കാനായിട്ട് അമൃതമധനം ചെയ്തു അമൃതമധനം എന്നാണ് പറയാ അങ്ങനെ ഒന്നുണ്ടായി കാരണം ദേവന്മാർക്ക് ജരാനര ബാധിച്ചു തൊടവേ ജലാനര ഇല്ലാത്തവരാണ് ദേവന്മാര് എല്ലാ എല്ലാ കാലത്തും ഒരുപോലെയാണ് സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും പല അവസ്ഥയാണെന്നു ബാല്യം ചൊവ്വനം വാർദ്ധക്യം ഇങ്ങനെയുള്ള അവസ്ഥയാ ദേവന്മാർക്ക് അങ്ങനെ ഇല്ല ദേവന്മാർക്ക് എങ്ങനെയാ ഒരവസ്ഥയുള്ളൂ വാർദ്ധക്യൊന്നും ഇല്ല ജലാനരയം അവരെ ബാധിക്കില്ല അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഏ എന്താ കാരണം ദുർവാസാവിന്റെ ശാമ സംഭവിച്ചതാണ് എന്താ ശമിക്കാൻ കാരണം വീഗം പോവിക്കുന്ന ആളാണ് ക്ഷാൻ കൊണ്ട് പോകണ്ടു അങ്ങനെയുള്ള ആളാണ് ദുർബാസാവ് ശപിച്ചു എന്താ എനിക്ക് കാരണം കാരണോ ആയിട്ട് ഒരിക്കൽ ദുർബാസാവ് ദുർഗത്തിച്ചെന്നു ഇന്ദിരനെക്കാ എന്തോ ഒരു കാര്യം പറയാനായിട്ടാണ് പോയത് അവിടെ ചെന്ന് നോക്കിയാ നോക്കിയാ പോ ഇന്ദിരൻ അവിടെ ഇരിക്കാം എവിടക്കാ പോയെന്നുസരിച്ച ഇന്ദിരനെ കാണില്ല ഓഹോ എന്താ വേണ്ട നിൽക്കും ഇരിക്കുമ്പോഴാണ് ഈ സുന്ദരിമാരായിട്ട് അവിടെ അവസര അവര് എന്നും ഇന്ദ്രന് മന്ദാരം പൂക്കളെ ഒരു മാല കെട്ടി കൊണ്ടു കൊടുത്ത വഴി ബന്ധപ്പെട്ടത് ആ കൂട്ടത്തില് ഒരു മാരയും കൊണ്ട് അവിടെ വന്നു മാലയും കൊണ്ട് അവിടെ വന്നപ്പോ ഇന്ദിരനില്ലേ അവിടെ അപ്പോ യുവാസമാരൻ അവിടെയാസ്സില്ല എവിടേക്ക് പോയിക്കാണ് ആഹാ ആ ഒരു കാര്യം ഞാൻ പോണു പിന്നെ വരാം തോന്നും അപ്പം അത് ഏശമൊന്ന് ഇടഞ്ഞിട്ടാണ് പോണത് ഒരാളെ കാണാൻ വന്നിട്ട് അയാളെ കണ്ടിട്ട് തന്നെയല്ല എവിടേക്കാണ് പോയത് ചോദിച്ചപ്പോൾ അവർക്ക് നിശ്ച ചോദിക്കാം എങ്ങനെയാ അപ്പോൾ ആ എന്നാൽ ഞാൻ പിന്നെ വരാമെന്നോ തോക്ക് തോന്നി തോന്നി ഇങ്ങനെ അങ്ങോട്ട് അലോകിയായിട്ട് പോകട്ടെ തോന്നി എന്നിട്ട് ഈ മാല അവിടേക്ക് ഇരിക്കട്ടെ കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ സന്തോഷിപ്പിക്കാനായിട്ടേ മാല തരണ കണ്ടപ്പോ എനിക്ക് എത്ര മാല നിങ്ങളെ പോലെ ഓർക്കാണെങ്കിൽ തലയിൽ അലങ്കരിക്കാം എന്റെ തലയിൽ അലങ്കരിച്ചിട്ട് എന്താ കാര്യം ഈ ചടയുടെ മുകളിൽ നിന്ന് വെച്ച് വല്ല കാര്യം വേണ്ട അല്ല ഇരിക്കട്ടെ ഓ നിങ്ങൾ ഞാൻ സ്വീകരിച്ചില്ല എന്നാ തന്നപ്പോ അത് കയ്യിൽ കിട്ടാ മേടിച്ചു അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല ഈ അലങ്കാരത്തിങ്കൽ താല്പര്യമുണ്ടെങ്കിൽ മാര കൊണ്ടൊക്കെ വലിയ കാര്യ ആ തങ്ങനല്ലേ അത് മേടിച്ച് മടങ്ങി പോരാ മടങ്ങി പോരുമ്പോഴാണ് ഇന്ദിരം വരണം ഇന്ദിരൻ ഐരാവതത്തിന്റെ പുറത്ത് കയറി വരണം ഇദ്ദേഹം വരണ കണ്ടപ്പോ ഇന്ദിരൻ ഐരാവതത്തിന്റെ മൂളിന് താഴത്തിറങ്ങി കാക്ക ചെന്നു നമസ്കരിച്ചു നമസ്കരിച്ച് ആ ഇന്ദിരാൻ ഞാൻ അങ്ങനെ കാണാൻ വന്നതാ ആ ഒരു കാര്യം ഞാൻ പിന്നെ വരാം ആ ഓ മാല എനിക്ക് വലിയ കാര്യമൊന്നുമില്ല ഇന്ദിരൻ ആയിക്കോട്ടെ ഇന്നലും ഇന്നരനത് മേടിച്ച് പോകും മഹർഷി അങ്ങോട്ട് പോവ് കഴിഞ്ഞപ്പോൾ ഇന്ദിരൻ അയിരാവതത്തെ മുകളിൽ കയറി മോളിൽ കയറി മാല ധരിക്കുന്ന ധരിച്ചടയാന്ന് തോന്നല്ല മാലയാ കിരീടം അഴിച്ചവളിച്ചു എന്നിട്ട് തലമുടിയൊക്കെ ഒന്ന് നേരെയാക്കി അതും അലങ്കരി അലങ്കരിക്കാം എന്ന് വിചാരിച്ച അവിടെ വെച്ച ആ മാല അവിടെ വച്ചോട്ട് ഏതെ ഐരാവതത്തിൻ്റെ മസ്തകത്തിൻ്റെ അവിടെ വെച്ചത് മുടി കൊറണ്ട് അപ്പം അതിൽ വണ്ടുകളുണ്ട് വണ്ടുകൾ ഒന്നും ശബ്ദം കേട്ടുക ഈ ഐരാവത ഈ അതിനൊക്കെ ഇങ്ങനെയുള്ള ശബ്ദം കേട്ട വലിയ അരോഗ്യമാണല്ലോ ശബ്ദം കേട്ടപ്പോൾ തല ഒന്നോട് കുലിക്കും കുലിക്കിയപ്പോൾ എന്താ ഉണ്ടായേ ആ മാല തലത്തിലേക്ക് പോകും താരത്തേക്കാണ് നോക്കിയപ്പോ മാല തലത്ത് കിടക്ക മാല കിടക്കണം കണ്ടപ്പോ എന്തത് മാല തട്ടിട്ടേക്കണത് വേഗം കയ്യിലില്ലാതുകൊണ്ട് ഐരാവതത്തിന്റെ ഒരു പ്രഹരം പ്രഹരാണ് കൊണ്ടപ്പോ ഐരാവത ഉറക്ക ശബ്ദിച്ചു ഉറക്ക ശബ്ദിച്ചു തന്നെയല്ല ആ കാലിടുത്ത് വച്ചത് ആ മാലയുടെ മുകളാണ് ഈ ശബ്ദം കേട്ടിട്ട് മഹിർഷി ഇണ്ട് നോക്കിയപ്പോ എന്താണ്ടായേ താൻ കൊടുത്ത മാല ആ ഐരാവത അങ്ങനായ ചവിട്ടി നിൽക്കുന്നു എന്നോട് ഇത്രേ ബഹുമാനമുണ്ടല്ലേ ഞാൻ കൊടുത്ത മാല വേണ്ട പോലെ അത് അലങ്കരിച്ചിട്ടാത്ത എന്നെയല്ല നിലത്ത് ചവിട്ടി അരച്ചേക്കുന്നു ആ കോപത്തിന്റെ ജാതിക്കൊന്നോട്ട് ശമിച്ചു ഇന്ദിരാൻ എന്നെ ബഹുമാനം ഇല്ലാത്തോണ്ടെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം കൊണ്ടല്ലേ നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ ശമിക്കട്ടെ ഇന്ന പോരക്കില്ല ക്ഷമിക്കണം ക്ഷമിക്കണം എന്താ ചെയ്യ ശവിച്ചില്ലേ അതനുഭവിക്കുന്ന വൃത്തിയുള്ളൂ അല്ല പരിഹാരം പരിഹാരമുണ്ട് ക്ഷീരാബ്ദി കടഞ്ഞ അമൃത കീഴ് സേവിച്ചാൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുണ്ടാകും തോന്നും ഇപ്പൊ എങ്ങനെയാ ക്ഷീരാബ്ദി കടയാണ് നിശ്ചയില്ല ആലോചിച്ചു എന്നിട്ട് ദേവന്മാരും അസുരന്മാരും കൂടി ക്ഷീരാബ്ദി കടയാനായിട്ട് കൊഴപ്പോ സ്വതവേ വിരോധികളാണ് അങ്ങനെയാണല്ലോ ഈ കാര്യം വരുമ്പോ അവർ യോജിച്ചു പിന്നെ പല വിരോധികളും ചോദിക്കുന്നില്ലേ ഇന്നലെ വരെ വിരോധിയായിട്ട് അങ്കിടും ഇംഗിടുമ്പോൾ ഓരോ കൊള്ളരത്താൻ പറഞ്ഞാൽ നടക്കാനാണല്ലോ ഒക്കെ ഏതേ സമയത്ത് അവരൊന്നാ കഴിഞ്ഞാലോ കാര്യം കഴിഞ്ഞാൽ വേറെ ഇണേനും ഇങ്ങനെയാ ഇത് അവരൊന്നിച്ചു കൂടി ക്ഷീരാബ്ദി കടയാനായിട്ട് പുറപ്പെട്ടു അവിടെ വന്ന മന്ദരമ്പർ പൊതു ആ ക്ഷീരാബ്ദിയും കിട്ടിട്ട് കടയാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു ഒരു ഭാഗത്ത് ദേവന്മാർ ഒരു പുറത്ത് അതുരന്മാർ ഇങ്ങനെ ഒന്നുണ്ടെന്ന് കേട്ടേ ആരെ ഞാനും അവിടേക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് അത്യാത്ഭുതായിട്ടുള്ളതല്ലേ എപ്പോഴാ പിന്നോ ഒരിക്കലും ആവാൻ ചാന്സുണ്ടാവില്ലല്ലോ ഒന്ന് കണ്ടണയാനും സ്ഥിതി അതുകൊണ്ട് ഞാനും അവിടേക്ക് ചെന്നു രാമൃതമം ധനേവി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ കടയാനുള്ള അനംഭാണ് ഇവര് കുറച്ച് ദേവന്മാര് കടയണോ മറ്റേ പുറത്ത് അസുരന്മാരെ കാടാങ്ങോട് തുടങ്ങിയില്ലേ കേണാന്ന് കഴിഞ്ഞപ്പോ ഇവരെ അങ്ങോട്ട് വിവശനായി ദേവന്മാരും ക്ഷീണിതന്മാരായി അസുരന്മാരും ക്ഷീണിതരായി ഇവരെ കൊണ്ട് കടയാൻ പറ്റില്ല ഓരോരുത്തർ ഇങ്ങനെ പരവശന്മാരായിട്ട് ഇങ്ങനെ വീഴ അത് ഇങ്ങനെ കാണുന്നു ഞാൻ ഇത്ര വളരല്ലാത്തവരാണ് ഇവരല്ലേ അല്ലേ ദേവന്മാർക്ക് ഒന്നും ഇല്ലെങ്കിൽ ശാപം കൊണ്ട് ജരാനര ഒന്നു മുപ്പത്തിമൂന്ന് കോടിയേ ഉള്ളൂ മറ്റത് അറുപത്താറ് കോടിയാണ് മധുരന്മാരെ കൊറിയുണ്ട് അറുപത്താറ് കോടീന്ന് കണക്കിലങ്ങനെയാണ് കണക്കില്ലാണ്ട് അത്രയാന്ന് ഇഷ്ടമില്ല അങ്ങനെയാണല്ലോ കണക്കിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ അനവധി ഉണ്ട് ഇവരെയാണ് രണ്ട് പുറത്തുനിന്നും ഇങ്ങനെ കിടക്കണത് ഇവ ഇതങ്ങ അവരൊക്കെ വിവശന്മാരായി കണ്ടപ്പോ ഇതെന്ത് കഥ അത് കണ്ടപ്പോ എനിക്കും തോന്നില്ലേ കൊള്ളരത്തവര് ചതിന് കൊള്ളാ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് അധുരന്മാരും ആ കടന്നു പോവേ അങ്ങോട്ട് മാറേ പറഞ്ഞുകൊണ്ട് ഞാനഹ കയ്യിലും മേടിച്ചു ആ വാസുദേ കയ്യിലും മേടിച്ചുകൊണ്ട് ഞാനഹ ആഹ് ഹാ അമൃതാനായിട്ട് അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയപ്പോൽപം ഉദഗ്രൂപനായിട്ടുള്ള ഉത്ഭുല നേത്രനായി ഞാൻ കൈ കൊണ്ടാ അമർത്തിയപ്പോ അവരെ കണ്ണമു തോസ് കൊടുത്തത് എന്താ കാര്യം കഴിയട്ടെ അങ്ങനെ ഞാൻ അവിടെ നമ്മൾ കറയണ്ട ദേവന്മാർ മുഴുവൻ കണ്ടപ്പോ അവിടെ എല്ലാവരും സകലാളുകളും ഉദഗ്ര രൂപം ആദൃഷ്യമാണോ ഞാൻ കഴിച്ചോണ്ടി പിടിച്ച് ടയണ തട്ടണ സമയത്തെങ്കിൽ വിസ്മിതാ ഏ എല്ലാവരും അത്ഭുതപ്പെട്ടു സകലാളുകൾ പിന്നാലൊന്നില്ല ദേവന്മാരോ സുരന്മാര് മാത്രല്ല പലരും അവിടെ വന്നോണ്ടായിരുന്നു പിന്നാളൊന്നില്ല ഭഗവാൻ ശ്രീനാരായണൻ അവിടെ തന്നെ ഭഗവാൻ ശ്രീപരം ഇങ്ങനെ പലരുണ്ട് ദിവ്യന്മാര് പലരുണ്ട് ബ്രഹ്മാവ് എല്ലാവരുണ്ട് അവരെല്ലാവരും വിസ്മിത അത്ഭുതപ്പെട്ടു പോയി ായിട്ട് കടയിൽ ദേവന്മാർക്കും അസുരന്മാർക്കും സാധ്യമാവാത്തത് എല്ലാവർക്കും അത്ഭുത അത്ഭുതമായിട്ട് എനിക്ക് ഒരു മാല പറഞ്ഞു തരിണ്ടേ കഴുത്തില് അച്ഛനായിട്ടുള്ള ഇന്ദ്രനാണ് എന്റെ കഴുത്തില് മാല പിടിച്ചത് സ്വർണം കൊണ്ടുള്ള താമരപ്പൂളെ കൊണ്ടുള്ള മാല ആ മാലയുടെ ഫലം എന്താണെന്നല്ലേ പരാക്രമം വർദ്ധിക്കുകയുള്ളു യുദ്ധത്തിന് പുറപ്പെട്ടാൽ തെരുതൽ തെരുതൽ പരാക്രമം വർദ്ധിച്ചു കൊണ്ടിരിക്കണതാണ് അങ്ങനെയുള്ള ഒരു മാല എൻ്റെ പരാക്രമാധിക്യം കണ്ടിട്ട് താരേ എനിക്ക് തരണ്ടായിട്ട് ഇത് കടിച്ചിന് ഉള്ളടത്തോളക്കാലം ആർക്ക എൻ്റെ നേരെ വരാൻ സാധ്യവ ഒരാളും എൻ്റെ നേരെ വരില്ല അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവില്ല ആര് തന്നെ ആയാലും വേണ്ടില്ല അവനെ സഹായിക്കാൻ വന്നോട്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നാൽ അതോടുകൂടി അവൻ്റെ പ്രാണനുണ്ടാക്കി കേട്ടോ ചാലേ ഒറ്റ ദുഃഖിക്കട്ട സമാധാനമായിട്ട് ഞാൻ പോയി ആ സുഗ്രീവനെ ഇടിച്ചടിച്ച് മറിച്ചിട്ട് അവൻ്റെ കഥ കഴിഞ്ഞിട്ട് ഞാൻ പോരാ ിപ്പിച്ചു എന്ന വച്ചേക്കണത് താരയ്ക്ക് സമാധാനായോ നല്ല പറഞ്ഞതിന്റെ ശേഷം നന്ദന സുഗ്രീ ഭഗതേനുഷേണൂമാന വിമർദക്ഷമാം ക്ഷപിയ ദുരതിക്രമതയാതന്ദന നന്ദന ശേഷം നന്ദന സുന്ദരപുത്രനായിട്ടുള്ള ഭാര് യുദ്ധത്തിന് യോഗ്യമായിട്ടുള്ള ഭൂമി യുദ്ധഭൂമിയിരിക്കും എങ്ങനെയാണ് ആ ഭാര്യയുടെ അവസ്ഥ എന്നാണെങ്കിൽ അമരിഷേണൂമായ അമരിഷം കൊണ്ട് കോപം വിരോധം അതുകൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പകയെന്ന് പറഞ്ഞ കോപ അങ്ങനെ സഹിക്കു വയ്യാതെ കൊണ്ട് മധ്യല് പറഞ്ഞ മധ്യല് പറഞ്ഞിട്ടുണ്ട് സുഗ്രീവ നമ്മുടെ പേട്ടാൽ കോപ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഭരിക്കണവൻ്റെ കഥ എന്നാണ് ധൂമാനാക്രാന്തനന്ദനാഹാ ഇങ്ങനെ താരയോട് പറഞ്ഞു താരയ്ക്ക് സമാധാനമായോ ഇല്ലയോ എന്തായാലും മണ്ണ് തനിക്ക് പറയാറുള്ളത് പറഞ്ഞു വേണമെങ്കിൽ വേ സമാധാനിച്ചോട്ടെ നിശ്ചയിച്ചുകൊണ്ട് അവിടുന്ന് അയലേക്ക് അവിടെ ചെന്നു തന്നെയല്ല പക്ഷെ ആവാ സമരമാരഭാഭിക്കുകയും ചെയ്തു ചരണതോട് കൂടിട്ട് സുഗീവനം സന്നദ്ധനായിട്ടാണ് നിക്കുന്ന ഉത്സാഹത്തോട് കൂടിയിട്ടാണ് അവിടെ ചെന്നു അതിഭയങ്കരായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു എന്നാൽ എന്താ പിങ്ങനെ താര ഭംഗിയായിട്ട് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് പോണം എന്നല്ലേ ധാര പറഞ്ഞുള്ളൂ മന്ത്രിമാരുണ്ട് മറ്റു യോഗ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ആര് യുദ്ധത്തിനായിട്ട് വന്നേക്കൂ സുഗ്രീവൻ നിസ്സാരനല്ല ബുദ്ധിമാനാണ് അങ്ങയുടെ പരാക്രമം നല്ലോണം അറിയാം അങ്ങനെയുള്ള സുഗ്രീവൻ രണ്ടാമത് യുദ്ധത്തിന് വരണമെങ്കിൽ അതിനുള്ള കാരണമുണ്ട് പ്രബലനായിട്ടുള്ള ഒരാള് സഹായിയായിട്ടുണ്ട് അതാലോചിക്കണം എന്നല്ലേ ആരേ പറഞ്ഞത് അല്ലേ എന്നിട്ട് എന്നാ ആലോചിക്കഞ്ഞത് ആലോചിച്ചൂടെ മന്ത്രിമാരില്ലേ ഏഹ് എന്താ ചെയ്യേണ്ടത് ജയിക്കാന്ന് പറഞ്ഞ എങ്ങനെയാ ആരായാലും വേണ്ടി എങ്ങനെയാ പരാക്രമം കൊണ്ട് മാത്രല്ല ജയിക്കുന്നത് ഇങ്ങനെ വരും ഉപായം കൊണ്ടാ ജയിക്കേണ്ടത് രാജാക്കന്മാരാകുമ്പോ അങ്ങനെയാ ഭരണാധികാരികളാവുമ്പോ ജയിക്കുന്നതൊക്കെ തന്ത്രം കൊണ്ടാ എവിടെ ഏത് ജയിം തന്ത്രം കൊണ്ടാ അല്ലാണ്ട് കഴിവുകൊണ്ട് ജയിച്ചുകൊണ്ട് ജയിക്കേണ്ട തന്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ എവിടെ പുറപ്പെട്ടാലും ആളവിടെ ജയിക്കും അതല്ലയോ എത്ര കേമനായാലും അവിടെ പരാജയപ്പെടുത്തുന്ന അല്ലേ അപ്പോ ഇവിടെ ഭാവി നിസ്സാരനല്ല ബുദ്ധിമാനാണ് നയജ്ഞനാണ് ആലോചിക്കാൻ കഴിവുണ്ട് ഇന്ന് തന്നെയല്ല പ്രബലന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ട് ഒരാൾക്ക് ആലോചിക്കല്ലേ ആലോചിക്കാം എന്താണ് ആലോചിക്കാണ്ട് പോകാനുള്ള കാരണം എന്നാണെങ്കിൽ ദുരതിക്രമത ഹേതുവായിട്ട് നിയതിയല്ലോ ദൈവ നിശ്ചയം അതിനെ അതിക്രമിക്കാൻ സാധിക്കും ആർക്കേഴു ഈശ്വരനിശ്ചയത്തെ അതിക്രമിക്കാനായിട്ട് സാധ്യമില്ല നിയതം നിയതൊരു അതിക്രമതയ നിശ്ചയമായിട്ടു എന്തെല്ലാ യോഗ്യതകളും ഉണ്ടായാലും വേണ്ടില്ല പരാക്രമം ഉണ്ടായാലും വേണ്ടില്ല ബുദ്ധി പോലെ തന്നെ അറിവുണ്ടായിട്ട് കേരില്ല എന്തുണ്ടായാലും കയറില്ല ഈശ്വരൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഒരാൾ ജനിക്കുമ്പോ അയാൾക്ക് ഇന്ന പ്രകാരത്തിലാണ് സംഭവിക്കാൻ പോണത് എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജനിക്കണത് അതിനെ അതിക്രമിക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല അതാണ് അതേ ദുര ദൈവ നിശ്ചയത്തിനെ അതിക്രമിക്കാനായിട്ട് ആരെ കൊണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാലിക്കനിശ്ചയുണ്ട് താരമൊന്നു ഉപദേശിച്ചു എന്നുണ്ടെങ്കിലും വേണ്ടി ആ വിഷയത്തില് തോന്നത് ഈശ്വരവിധി എന്ന് തന്നെ വേണം പറയാൻ തോന്നുന്നുണ്ട് തുടങ്ങി അതിഭയങ്കരായിട്ടുള്ള യുദ്ധം മുമ്പുണ്ടായ യുദ്ധം പോലെയല്ല അതിലും ഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് തുടങ്ങിയത് ഏഹ് എങ്ങനെയാണ് ആ യുദ്ധത്തിന്റെ ഒരു സമ്പ്രദായം എങ്ങനെയുണ്ടായത് എന്താണെങ്കിൽ साला दली, केशा ി ശിരാശി തലാളി കെശാകേശി രണ്ടാജന്തി മുട്ടി പാദപാദീ മഹതി दूने, സ്ഥായ ദൂന ദൂന ദിനു മുഹു വൈദേഹീ ബന്ധോ ദുഷീ ബലാരാധിസുഷർമുക്താകാരേണ ഹരെണ വിദാര്യമാണവക്ഷ സ്ഥലമാണ ജീവിത സംസ്ഥ ആ അതിഭയങ്കരായിട്ടുള്ള യുദ്ധം നിസ്സാരായിട്ടുള്ളതല്ല അങ്ങനെയുള്ള യുദ്ധം ക്രമത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആ അല്ലേ എങ്ങനെ ആയുധത്തിൻ്റെ ഒരു സമ്പ്രദായം എന്താ എങ്ങനെയാണ് ഇവിടെ യുദ്ധം ചെയ്യണത് വനരന്മാരാണല്ലോ അല്ലേ സാധാരണ ആളുകളാണെങ്കിൽ ആയുധങ്ങളെ കൊണ്ടാ യുദ്ധം ചെയ്യുക അല്ലേ ബില്ല് കൊണ്ടോ വാട് കൊണ്ടോ ഗുന്തം കൊണ്ടോ ഇങ്ങനെയല്ലേ ഇവരെങ്ങനെയാ യുദ്ധം ചെയ്യണത് എന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ടൊന്നുമല്ല പിന്നെ എങ്ങനെയാ ശൈല ശൈലീ ശൈലങ്ങളെ കൊണ്ട് ശൈലങ്ങളായിട്ടാ പർവ്വതങ്ങളെ കൊണ്ടാ യുദ്ധം എന്താ ചെറു ദീർഘം കഴിക്കണം എന്നാണ് രണ്ടാളെ മോ ബാലിക്കന്നിട്ട് ഇപ്പൊ സുഗ്രീവന്റെ കഥ കഴിക്കണം യുദ്ധഭൂമിയിൽ വരണോട് കൂടി കഴിക്കണത്തിട്ടാ അങ്ങനെ കുബിതനായിട്ടാണ് ആ വരുമ്പോ തന്നെ എന്താ വലിയൊരു പർവ്വതം കൊണ്ടാണ് തന്നെ ശൈല ശൈലീ എന്നിട്ട് ആ പർവ്വതം ഇവിടെ ആ പർവ്വതത്തിന്റെ അടിയിൽ പെട്ടവൻ്റെ അരയണക്കാണ് അപ്പോൾ സുഗ്രീവനും അതുപോലെ തന്നെയാണ് പർവ്വതം കൊണ്ടാങ്കിടാ അപ്പോൾ പർവ്വതങ്ങൾ കുത്തി എടുത്ത് അടർത്തിയിട്ട് അങ്ങനെ തെരുതെരെ തെരുതെരെ ഇങ്ങനെ അറിയാ ശൈലാ ശൈലീ ഇങ്ങനെയാണ് പർവ്വതം കൊണ്ട് പ്രഹരിച്ചും കൊണ്ടാണോന്ന് ഏർ എന്നാലോ അത് മാത്രമല്ല സാലാധാലി സാലാധാലിയെ വൃക്ഷങ്ങളെ കൊണ്ടു കുറച്ചു നേരം പർവ്വതങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിന്റെ പ്രകൃതം ഒന്നു വലിയ വൃക്ഷം പാർസം എന്നാൽ പിടിച്ചാട് പിടിച്ചാട് പറച്ച് കടവോട് കൂടി പറിച്ചു കൊടുക്കും ഇടുത്തിട്ടായിട്ട് ഇലയൊക്കെ ഉരി കളഞ്ഞ് തലക്കലാകൊണ്ട് പിടിച്ചു പോകും അതുപോലെ തന്നെ ഭാര്യ വൃക്ഷം പറക്കണ കണ്ടപ്പോൾ ബുദ്ധിജീവനും പറിച്ചു കൊടുത്തു പോകും എന്നിട്ട് അതുകൊണ്ട് ചാടി ചെന്നിട്ടാ നമ്മുടെ അടിക്കുക ആങ്കിട് ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കുക വൃക്ഷം കൊണ്ടടിക്കുക അങ്ങനെയാണ് സാലാ വൃക്ഷം കൊണ്ട് പ്രഹരിക്കുക അങ്കിടം ഇങ്ങനെ തരു തരെ തരുതരെ അങ്ങനെയുള്ള യുദ്ധം പിന്നെയോ ശിലാ ശീലി ശിലകളെ കൊണ്ട് ചിലകളായിട്ടുണ്ട് പർവ്വതമല്ല വല്യ പാറകളാണ് കുത്തി അടച്ചിട്ട് എറിയണുണ്ട് ഇങ്ങനെ വലിയ വലിയ കല്ലുകൾ ആണ് അടുത്ത് എഴുതുകൊണ്ട് അങ്ങനെയുള്ളത് അത് കഴിഞ്ഞ പിന്നെ എന്താ കലാതലീ തലം കൊണ്ട് കൈൻ്റെ കൈ എടുത്തുണ്ട് ചാടി ചെന്നവിടെ അടിയാ എവിടെ അടിക്കാൻ പറ്റുന്ന അവിടെ ചെക്കിടത്താണെങ്കിൽ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ നടുവാണെങ്കിൽ നടുവു എവിടെയാ കൊള്ളണ അവിടെയാ തലാ തലി കൈ അടിക്കാങ്കാണത് എത്രയോ വേക്കത്തേന്ന് കണക്കില്ല രണ്ടു പേർക്കും തലാ തലി കൈ കൊണ്ട് അടിക്കണു എന്നാ കൈ കൊണ്ട് മാത്രമല്ല കൈ കൊണ്ടാണ് അടിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ അടിയുടെ സമ്പ്രദായം മാറ്റി എന്താ പിന്നെ എന്താ പിന്നെന്താ പിന്നെ പറഞ്ഞുകൊണ്ട് തലകൊണ്ടാണ് തലകൊണ്ടാണ് ഇടും ചെന്ന റക്ഷ ഇടുക കയ്യാങ്ങനെ ചുല്ലി ഇത് തന്നെയല്ല ചിലപ്പോൾ ശത്രുവിനെ ആയുള്ള ആള് വഞ്ചിക്കാൻ വേണ്ടിയിട്ട് കയ്യോണ്ട് അങ്ങനെ തിരുന്നു തിരുമ്പിട്ട് ചാടി ചെന്നിട്ട് തലകൊണ്ടാണ് വന്നു കൊടുക്കുക അപ്പം കയ്യോണ്ട് അടിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകൊണ്ട് പ്രഹരം കൂടുക ഈ തലകൊണ്ടുള്ള കയ്യുകൊണ്ടുള്ള അടി കൊള്ളാണ്ടിരിക്കാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമല്ലോ മാറുമ്പോൾ കിട്ടണത് തലകൊണ്ടാണ് നിസ്സാരമായിട്ടുള്ളതല്ല അതുപോലെ തന്നെ അങ്കിടും കേശാ കേശി തല കൊണ്ടടിയെന്ന് മാത്രമല്ല ചിലപ്പോ അതുമല്ല അടിക്കണത് അപ്പൊ എങ്ങനെയാണ് അടുത്തരി കേശി ദമ്പി ദമ്പം കൊണ്ട് ദമ്പങ്ങളായിട്ട് ചാടികളിൽ ചെന്നിട്ട് പല്ല കൊണ്ടാണ് കടിക്കുക വലിയ ഭയങ്കരമായിട്ടുള്ള പല്ല ആടികളിൽ ചെന്ന് എവിടെയാ കടിക്കാൻ പറ്റത്താണെങ്കിൽ മാറത്ത് വേറൊരു ഭാഗത്താണ് ഭവ് ആ പല്ലം കൂടെ ഉറങ്ങും ചുരുക്കണ്ടി എന്നിട്ടൊരു വലിയ ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ ആ തൊലി ഒന്നിച്ചിട്ട് പോരും അല്ലേ എന്നിട്ടിങ്ങനെ പുഴ ഒഴുകണ പോലെ രക്തങ്ങനെ ഒഴുകണതേ ദന്താ ദന്തീ അങ്ങനെ രണ്ടുപേരും അപ്പോൾ തന്നെ മുട്ടാട്ടി മുട്ടി കൊണ്ട് മുട്ടി കയ്യങ്കരുകയ്യോണ്ടല്ല ഇട്ടി ഒരു കൈ കൊണ്ട് ഇടിക്കുമ്പോഴേക്കും മറ്റേ കൈ കൊണ്ടാ ഇങ്ങനെ തരുത്തരുത്തരു രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടിക്കും പിന്ന ചെറുത് അതല്ല പാദാതിലകൊണ്ട ചവിട്ട ചവിട്ടയുടെ തന്നെ പല പ്രകാരം ഉണ്ടവര് ചവിട്ടി കൊടുമ്പോ അങ്ങോട്ട് ചേർച്ച അകലക്കങ്ങും അങ്ങനെയുള്ളതാ അങ്ങനെ പാദ പാതി ഇങ്ങനെ പറഞ്ഞ അവസാനിക്കില്ല ദുദ്ധമാവുമ്പോ പല പ്രകാരത്തിലുണ്ട് കാല് കൊണ്ട് യുദ്ധം ചെയ്യും കയ്യുകൊണ്ട് മുട്ടികൊണ്ട് കൈൻറെ മുട്ട കൊണ്ടിടിക്കലുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് മഹദേ വലുതായിട്ടുള്ള യുദ്ധം അങ്ങനെ വർധിച്ചുകൊണ്ട് അങ്ങനെ വരുന്നു ക്രമത്തില് ആ യുദ്ധത്തിന് ശക്തിക്കുന്ന കൂടുക ഓരോന്ന് കഴിയുമ്പോഴും അത് കഴിയുമ്പോ ഈ ആദ്യത്തെ പ്രയോഗിച്ചതൊക്കെ ആദ്യം പ്രയോഗിക്കും എന്താ പർവതങ്ങളെ കൊണ്ടുള്ളത് വൃക്ഷങ്ങളെ കൊണ്ടുള്ളത് ശില കൊണ്ടുള്ളത് ഇനി മാറി മാറി മാറിയാ ഏതാ പ്രയോഗിക്കണേന്ന് മനസ്സിലാവില്ല എന്താ കാരണം രണ്ടു പേർക്കും തന്നെയാണ് മറ്റവന്റെ കഥ കഴിക്കണ ചെട്ടാണല്ലോ പ്രധാനമായിട്ട് ഭാരിക്ക് സുഗ്രീവന്റെ കപ്പ കഴിക്കണ ചട്ടാ ഇങ്ങനെ സംസ്ഥോടെ ക്രമത്തിലങ്ങനെ വർധിച്ചു കൊണ്ട് പശി കുറന്നേരാണ് കഴിഞ്ഞപ്പൊളിക്കും ി ഭയങ്കരായിട്ട് അതിക്രൂരായിട്ട് തീർന്നു അങ്ങനെ വന്നപ്പോ നന്ദനീവൻ ഈ ഭാര്യയുടെ പ്രഹരം കൊള്ളാതെ കണ്ടിരിക്കുന്നതൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട് തഴ് പൊങ്ങ ചാടിയൊക്കെ ചെയ്തിട്ട് പക്ഷേ എപ്പല്ലാവരും സാധ്യമാവില്ല ചില സമയത്ത് അങ്ങോട്ട് കൊടു ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഏ ആ പോയി പ്രാണന്നാ തോന്ന താണ് കയ്യേ അതിഭയങ്കരായിട്ടുള്ളതാ അങ്ങനെ കൊറേ പ്രഹരണങ്ങൾ പോകും നന്ദപരവശനായി ഇത്രയാണ ശരീരത്തിന് ഇതൊന്നും ഇല്ല ആദ്യമുണ്ടായ ക്ഷീണമൊന്നുമല്ല പാരവശ്യമൊന്നുമല്ല പൊതുണോ ദൂനദൂനെന്ന് പറയാൻ കാരണം ആദ്യ തീർന്നു അങ്ങനെ വന്നപ്പോഹോത്തേ ബന്ധുവായിട്ട ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം നിൽക്കണ സ്ഥാനം അറിയാലോ ഇന്ന നിറ്റ ഇന്ന വൃക്ഷത്തിന്റെ ചുള്ള നിശ്ചണ്ട് ആ വടക്ക് ഇങ്ങനെ നോക്കുക ഭഗവാന്റെ നേരെ ഈ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കേണ്ടത് എന്താ എപ്പോഴും നോക്കാൻ ഒര്ത്തില്ല എന്താ കാരണം ഇവിടെ ഭാര്യ ഇടിക്കാനാണ് വരണത് ഇടിക്കാൻ വരുമ്പോൾ ഇടി കൊള്ളാണ്ടിരിക്കാൻ നോക്കണം അങ്ങട് പ്രഹരിക്കാൻ വേണം അതിൻ്റെ ഇടയിൽ എന്താണ് മുഹു ഇതിൻ്റെ ഇടയെക്കൂടെ അങ്ങട് നോക്കേണ്ടത് ഭഗവാന്റെ നേരെ നോക്കുമ്പോഴെങ്ങനെയാ വൈദേഹി ബന്ധം വൈദേഹി ബന്ധുവിൻ്റെ നേരെയാണ് നോക്കണതെന്ന് എന്താ കാരണം സുഗ്രീവന്റെ ഭാവം അതാണ് വൈദേഹികന്തു പറയാൻ കാരണം എന്താ കാരണം തന്നെ ഇനി അധികം പ്രഹരം കൊള്ളാനുള്ള ശക്തി ഇല്ല രണ്ടോ നാലോ കൊണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി കഥ കഴിയും അങ്ങനെ കഥ കഴിഞ്ഞാൽ സ്വാമി അടിയൻ പ്രയത്നം ചെയ്ത് പ്രയത്നം ചെയ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് സീതാദേവി എവിടെയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കൊണ്ടു തന്നതോടാ അതിനുള്ള വൈഭവീ ബന്ധൂ അവിടക്ക് സീതയെ രമിഷ്യണ്ടേ അടിയന്റെ അടിയന്റെ പ്രാണങ്ങള് പോയാടിയൻ എന്താ ചെയ്യാഹി ബന്ധവൂ വൈദേഹി ബന്ധുവായിട്ടുള്ള ആളാണല്ലോ അവിടുന്ന് ഭാവത്തോടു കൂടിയിട്ടാണ് എന്താച്ചാല് ആ ഭാവം ഇവിടെ പ്രഹരം കൊണ്ടിട്ടുള്ള അഹസ്യമായിട്ടത് എന്താണ് ഈ രണ്ടത്തിന്റെ ഇടയിൽ ഈ ഭാവം ഒരു വല്ലാണ്ട പ്രഹരം കൊള്ളുമ്പോ പക്ഷേ ഇതാര്ക്കാണ് ഭഗവാനാണ് തോന്നണത് സുഗ്രീ ഭഗൻ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് നോക്കുക ഈ പ്രഹരിച്ചടക്ക് ആ നോട്ടം കണ്ടവ തന്റെ നേരെ നോക്കി തുടങ്ങി നോക്കണേ ആ നോക്കണ സമ്പ്രദായം കണ്ടപ്പോ ഭഗവാന് തോന്നിയതാണ് ആഹാ വേദം ഭാര്യയുടെ കഥ കഴിച്ചില്ലെങ്കിൽ എനിക്കല്ല അങ്ങക്കാണ് വൈഷമ്യം സീതയെ കിട്ടത് സതി അവൻ തോന്നുന്നില്ല കൊണ്ടുതരാനായി അത് അവിടുന്ന് വേണ്ടത് ചെയ്യണേ എന്നാണ് തന്നെ തന്റെ നേരെ നോക്കണേന്റെ താല്പര്യം എന്ന് ഭഗവാന് തോന്നിയത് ഓ ഓ എന്ത് തന്നെയല്ല ഈ യുദ്ധങ്ങളെ കുറിച്ചു കഴിയുമ്പഴേ എന്താണ് വലാരാദിസുതാഹ വലാരാദിത ബാലിയുടെ അവസ്ഥ എന്താ സമരോത്സവ പ്രവർത്തമാന ബലാവലേപേ വലാരലേപ ബലാരാദിസുതാഹ സമരോത്സവ പ്രവർത്തമാന ബലാവലേപനാണ് സമരോത്സവം കൊണ്ട് പ്രവർത്തമാനമായ ബലാവലേപത്തോടു സമര ഉത്സവം യുദ്ധമാകുന്ന ഉത്സവം ആ ഉത്സവം കൊണ്ട് ഭാര്യയുടെ പരാക്രമം അങ്ങനെ വർദ്ധിക്കുക യുദ്ധമാകുന്ന ഉത്സവമാണ് ഉത്സവം ആർക്ക് ഭാര്യക്ക് മറ്റുള്ളവർക്കല്ല സുഗ്രീവനല്ല ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഉത്സവ ഉത്സവം എന്ന് പറഞ്ഞാതാ സന്തോഷപ്രദമായിട്ട് ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും സന്തോഷമായിട്ട് ഉത്സവം എന്ന് പറയുന്നത് ഭാര്യക്ക് ഇവിടെ യുദ്ധം തുടങ്ങിയിട്ട് സന്തോഷമായിട്ടേ തോന്നി എന്താ കാരണം തന്റെ പരാക്രമം അങ്ങനെ വർദ്ധിക്കുക ആ ഭാര്യയുടെ അനുഗ്രഹം അങ്ങനെയാണല്ലോ ഒരു ശത്രു തന്റെ നേരെ യുദ്ധം ചെയ്യാനായിട്ട് വന്നാൽ ആ ശത്രുവിന്റെ ബലം ഭാര്യ എനിക്ക് ക്രമത്തില് ക്രമത്തിൽ ഇങ്ങനെ വരുന്ന അല്ലേ പകുതി യുദ്ധം തുടങ്ങുമ്പോ തന്നെ വരും പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഓരോ യുദ്ധം കഴിയുമ്പോഴേക്കും ഭാര്യയുടെ ബലം ഇങ്ങനെ കൂടിക്കൊണ്ടായിരിക്കണതെന്ന് സുഗ്രീവന്റെയോ ഇങ്ങനെ കുറഞ്ഞോ കുറഞ്ഞോ കുറഞ്ഞാ പറയണത് എന്താ കാരണം സുഗ്രീവന്റെ ബലമാണ് ഇല്ലാണ്ടാവണ ബലം കൊണ്ട് നോക്കുമ്പോ രണ്ടാളും ഒരുപോലെയാ ഒരേ ബല ബലവാന്മാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഈ ഭാര്യയുടെ അനുഗ്രഹത്തിന്റെ ബലമായിട്ട് സുഗ്രീവന്റെ ബലം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വിലയാ ബാലിക്കാണോ ബലം വർദ്ധിക്കുകയും ചെയ്യ അതാണ് സമരസവപ്രവർദ്ധമാന ബലാബലേ ബലാപലേ വാഹാരാദി സുതാ ഭാര്യയുടെ പരാക്രമം ക്രമത്തിൽ അങ്ങനെ വർദ്ധിക്കുന്നു സുഗ്രീവനാണെങ്കിലോ ക്രമത്തില് ക്രമത്തില് ദീനനായിക്കൊണ്ട് തൻ്റെ നേരെ ഇങ്ങനെ നോക്കണ്ടേ ആ നോക്കണം കണ്ടപ്പോ ഭഗവാൻ ഓ ഇതാണ് എന്നാൽ മാറ്റം വരും ചോദിച്ചില്ല കുറച്ചുനേരം യുദ്ധം ഉണ്ടാവും എന്നാ വിചാരിച്ചതേ പക്ഷേ ആദ്യം കൊറച്ച് കൊറച്ചുനേരങ്ങൾ കൂടുതലുണ്ടായി ഇപ്പോ അതേപോലെ ഉണ്ടാവൂല്ലോ എന്ന് വിചാരിച്ചു എവിടെ യുദ്ധം തുടങ്ങി വലിയ താമസം ഉണ്ടായില്ല ആ സുഗ്രീവൻ അങ്ങോട്ട് പരവശനായിട്ട് തീർന്നു ഇനിയും താമസിക്കടക്കെ നോക്കുന്നുണ്ട് ഈ നോക്കി കുറച്ചുനേരം കഴിയുമ്പോ താൻ ആ സ്വരം പ്രയോഗിക്കാൻ താമസിച്ചാൽ സുഗ്രീവൻ തന്നെ ഓടിപ്പോയിന്ന് വന്നിട്ടുണ്ടോ ആറ്റൊരുക്കി ഓടിപ്പോയതാ എന്നിട്ട് ഓടിപ്പോയിട്ട് സുഗ്രീവനെ ചെന്ന് സമാധാന പിടിച്ച് പിടിച്ചു കൊണ്ടുവന്നതാണ് അല്ലേ ഇനി ഓടിപ്പോയി അങ്ങോട്ട് വരികയുണ്ടാവില്ല താൻ എന്ത് പറഞ്ഞാലും വരില്ല അപ്പോ ഒന്ന് ശ്രദ്ധിക്കാ നല്ലത് എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു ആണെങ്കിൽ ആ ഭഗവാന തന്നെ അദ്ധ്യനായിട്ടാ നിൽക്കണത് ആരന്തൊക്കെ മുറുക്കി വില്ല് ഞാനും കൂട്ടി കെട്ടി ആ ഒരു ശരവും കയ്യിലെടുത്ത് അങ്ങനെയാണോ നിക്കണത് വേദം ഭഗവൻ ക്ഷണേനാഹ അങ്ങനെ സുഗ്രീവൻ വിപശനായി കണ്ട സമയത്തെങ്ക ഭഗവൻ ശരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആയിട്ട് ശരണം ഒരു ശര ആ ശരണം കൊടുത്ത് അവിടെ പ്രയോഗിക്കാൻ നിശ്ചയിക്കും എന്നാൽ എങ്ങനെയുള്ള ശരത്തിന്റെ സമ്പ്രദായം എന്താ ഭാര്യ നിസ്സാരമെന്നല്ല അതിബലവാനാണ് അല്ലേ ഒരു ശരണം കൊണ്ടൊക്കെ ഭാര്യയുടെ കഥ കഴിയൂ ുടെ ശരീരം എങ്ങനെയുള്ള ദൃഢമായിട്ട് ശരീര ആ ശരീരം ഭേദിക്കണമെങ്കിൽ പ്രയാസല്ലേ എങ്ങനെയുള്ള ശരാണ് എന്നാണെങ്കിൽ ആ ശരം നിസ്സാരമായിട്ടുള്ള ശരല്ല എങ്ങനെയാ നിർമുക്ത ഭുജകാകാരേണ ശരേണ നിർമുക്ത ഭുജകാകാരമായിട്ടതാണ് ഭുജകാകാരം സർപ്പത്തിന്റെ വൈഭവുള്ളതാണ് അങ്ങനെയുള്ളതാ ആ ശരം നിർമുക്ത ശാരം എന്ന് വെച്ചാലോ ഒരയൂരിയ സർപ്പം ഒരയൂരിയ സർപ്പം എന്ന് പറയാൻ കാരണം അത് ശക്തി കൂടുതലാണ് വിഷമുള്ള സർപ്പത്തിന് ഒരഊയ സമയത്ത് ഒന്നുകൂടി ശക്തി ഉണ്ടെന്നാണ് അതിരൂക്ഷമാണ് അങ്ങനെയുള്ള നിർമുക്താകാരേണ ശരേണ ഇന്ന് മാത്രമല്ല ഭഗവാൻ ശ്രീരാമചന്ദ്രം പ്രയോഗിക്കണ ശരം ആ ശരം അങ്ങനെയുള്ളതാ ഭഗവാൻ തന്റെ വിരില് തൊടുത്ത് പ്രയോഗിക്കണം ഇതങ്ങനെ പറയാൻ കാരണം ഭഗവാൻ ശ്രീരാമചരണചന്ദ്രൻ്റെ ശരം എവിടെ നിരത്സാവില്ല എവിടെ പ്രയോഗിച്ചാൽ സഫലാവും അങ്ങനെയുള്ള അതിരൂക്ഷമായിട്ട് ശരാണ് ആ ശരം ഭഗവാൻ തൊടുത്ത് ആ ശരം കൊറന്നു അത് എവിടാണ് എന്നാണെങ്കിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം അവസരത്തെങ്കിൽ ബലാവലവാനാണല്ലോ ബാരി ഇത് അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒഴിക്കൽ ആ ഭാര്യ നിശ്ചയിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടതോട് കൂടിട്ട് സുഗ്രീവൻ മറിഞ്ഞങ്ങൾ വീണു മറിഞ്ഞങ്ങട് വീണ സമയത്തെങ്കിൽ ഭാര്യ ചാടി ആ സുഗ്രീവന്റെ മേലേക്ക് അങ്ങോട്ട് ചാടി വീണിട്ട് ോ ഇടിയോട് കൂടി ഇപ്പൊ കഥ കഴിക്കാം എന്ന് നിശ്ചയിച്ചു കൊണ്ട് ഒറ്റ അങ്ങനെ ഇടിക്കാനായിട്ട് അങ്ങോട്ട് ഭാവിക്കായിരുന്നു ആ ഭാവിക്കണ സമയത്തെങ്കിലാണ് ഭഗവാന്റെ ശരം ഉപയോഗിക്കുന്നത് ഈ ഇടിയോട് കൊണ്ടാ സുഗ്രീവന്റെ കഥ കഴിഞ്ഞു കയ്യങ്ങൾ ചുരുട്ടി ഇടിക്കാനുള്ള ഭാവിക്കണ സമയത്തെങ്കിൽ ഭഗവാന്റെ ശരം കൊണ്ട് ശരം കൊണ്ട് സ്ഥല വിതാര്യമാണ വക്ഷ നേരെ ബാലയുടെ മാറുകുടത്തിൽ വന്നങ്ങൾ കൊണ്ടുപോകും കൊണ്ടട്ടെ ആ മാറുകടങ്ങി കൊണ്ടുപോകും പിടിക്കാനായിട്ട് അങ്ങടും അങ്ങനും കഴിയും അങ്ങോട്ടും ഉയർത്തി ഭാവിക്കുമ്പോൾ ആണോ ശരണം വന്നങ്ങ എന്നിട്ടോ ക്ഷീയമാണ് ജീവിത ആ ശരങ്ങട് കൊണ്ടോ ഒന്നും വിചാരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ശരം രാചാരിച്ച ഈ ശരം കൊണ്ടതോട് കൂടിട്ട് ഭാര്യ അവിടെ തന്നിരിക്കാൻ ഭാവിച്ചു ശക്തി ആയിട്ടതല്ലേ കൊണ്ടതോട് ഇരിക്കാൻ ഭാവിച്ചപ്പോളാണ് ക്ഷീയമാണ് ജീവിതനായി തന്റെ ബലം ഉള്ള ശരം കൊണ്ടതോട് കൂടിയിട്ട് ഉള്ള ഓജസ് മുഴ എന്നോ െങ്കില് ആ ശരം വന്നുകൊണ്ട് ആ മാറുപിടാക്കള് പടർന്ന് ഭൂമിയിൽ അങ്ങനെ ആരോടുകൂടിയിട്ട് അവിടെ പോയി വീഴണ കണ്ടപ്പോ സുഗ്രീവനും ആകെ ഒന്ന് പരിഭ്രമിച്ചു ഇങ്ങനെയാണ് സംഭവിക്കുക േഷ്ഠന്റെ ആ വിവശത ഇങ്ങോട്ട് കണ്ടപ്പോ അത് വരെ ജ്വലിച്ചുകൊണ്ടിരുന്ന ആളാ അതോട് കൂടി സർവ ഊജസ്വണ് അത്ര വേണ്ടിയിരുന്നില്ല ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നാ സുദ്ദീവന് തോന്നിയിരുന്നത് അത്രേ സ്നേഹാണ് ജ്യേഷ്ഠനോട് വളരെ വളരെ പ്രതിഭത്തിൽ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ജ്യേഷ്ഠനോടുള്ള ഭക്തി അത്രയാന്ന് കണക്കില്ല അങ്ങടെ എണീറ്റിട്ട് വീഴാനാണ് വീഴാൻ ഭാവിക്കുന്നു ഇത് കണ്ടപ്പോ സുഗ്രീവൻ ആ കിടന്ന ദക്കി ചാടി എണീറ്റു തന്നെയല്ല ജേഷനെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നത് പിടിച്ച് അവിടെ നിലച്ച് അവിടെ എന്ത് ഇരുത്തി എന്താ കാരണം ആ വിരോധം മുഴുവൻ മനസ്സിൽ നിന്ന് അവിടെ പോയി ജേഷന്റെ ആ അവസ്ഥ കണ്ടപ്പോ ഇങ്ങനെ ഭൂമിയിലും ീടകുരാണി അധ ശരവരവിധോ യുദ്ധമധ്യേ സാലിശിതൻ ദൃഷ്ടിതമവലോക്ഷരവിന്ദ ശരവരായി ശരവരം വിശേഷപ്പെട്ട ശരം ആ ശരം കൊണ്ട് താടിതനായിട്ടോ ആ ശരങ്ങൾ കൊണ്ട സമയത്ത് യുദ്ധത്തിന്റെ മധ്യത്തിലാണ് തന്റെ പരാക്രമങ്ങൾ തികഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ശരണം വന്നുകൊണ്ടത് കേട്ടോ ധരണി നിപതിതനായി ശരണം കൊണ്ട് തന്റെ ഊജസ് മുഴുവൻ നശിച്ച് പോലും സഹിക്കാതെ കണ്ട് നിവധിതാഹ ഭൂമിയിൽ അങ്ങ് കിടന്നിട്ട് എന്താ എവിടെ കിടന്നും എന്താ ദത്ത ദൃഷ്ടി എല്ലാ വീക്കിലേക്കും ദത്ത ദൃഷ്ടിയായിട്ടുണ്ട് ആരാ എന്റെ നേരെ ശരം പ്രയോഗിച്ച് ചെയ്തു ആരാ ചെയ്ത് ആരെന്താ അവിടെ കണ്ടാട്ടില്ലല്ലോ എവിടെ ആരാ ആരാ ചെയ്തത് ആരാ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് സർവ്വീ എല്ലാ ദലും നോക്കുന്നു നോക്കാനേ പറ്റുള്ളേ അനങ്ങാൻ പറ്റാതെ ഇണ്ടുണ്ട് അവിടെ കിടന്നുകൊണ്ടാണ് നോക്കണത് ഏ ആര് കുറവങ്ങനെ നോക്കുന്നു ഇനിയെ പാറ്റ ഈ ദാസൻ അവിടെ കിടന്നുകൊണ്ട് അങ്ങനെ നോക്കണ സമയത്തെങ്കിലാണ് ഭഗവാൻ ഈ ശരം ഇവിടെ പ്രയോഗിച്ച് കഴിഞ്ഞു ഭഗവാൻ ശരം പ്രയോഗിച്ചോ ആ ശരം വന്നുകൊണ്ട് ബാല ഒരു വീണ കണ്ടു വീണ കണ്ടപ്പോഴാണ് ഭഗവാൻ ആ വിചാരിച്ചേലാ ചെയ്യാം അങ്ങനെ പിടിക്കണതേ ഇന്ന് തന്നെയല്ല ഇനിയിപ്പെന്താ ബാല്യെ കുറച്ച് ഇടങ്ങും നാല് കുറവൊന്ന് നോക്കുന്നുണ്ട് നോക്കണ കണ്ടപ്പോ ഭഗവാന് മനസ്സിലായി തന്നെയാണ് നോക്കുന്നത് ആരാണ് ശരമ്പ യോഗിച്ചത് എന്നറിയാനാണ് നോക്കണത് എന്നുണ്ട് ഭഗവാൻ നേരെ നേരം മറഞ്ഞ് നിൽക്കുവായിരുന്നല്ലോ നേരെ പ്രത്യക്ഷമായിട്ട് അമ്മയ്ക്കുന്നു ഭാര്യ കിടക്കണതിന്റെ സമീപത്തെ കളക്ക് ഭഗവാന് അടുക്കുന്ന കേന്ദ്രോ ആ ഭഗവാനെ കണ്ടു നാല് പൂർവങ്ങൾ നോക്കിയപ്പോ ഭഗവാൻ തന്റെ മുമ്പില് ഭഗവാനെ എങ്ങനെയാ കാണുന്നത് കൂടിയിട്ടുള്ള വക്രാരബിന്ദ്രാരബിന്ദ്രമനോഹരമായിട്ടുള്ള മുഖം താമരപ്പൂ പോലെയുള്ള മുഖം അത് ശുചിച്ചുകൊണ്ടാണ് ഒരു മന്ദഹാസത്തോട് കൂടി ഭഗവാനെ അല്ലാതെ ബാലിയുടെ നേരെ താനം ശരം പ്രയോഗിച്ചു ആ ഒരു സാധാരണ പോലെ എന്ന് മാത്രമല്ല ഒരു മന്ദഹാസത്തോട് കൂടിട്ട ആരെങ്കിലും അങ്ങനെ ചെയ്യൂ സദ്യ പോലെ ഒരാളെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരത്തില് ചെറിയ മന്ദഹാസത്തോട് കൂടി പറഞ്ഞു പോയി മന്ദഹാസത്തോട് കൂടിട്ട് അങ്ങനെ തന്നെയത് അല്ലേ നീ തന്നെയല്ല എന്താ സംഭവിക്ക എന്താ പറയാവോ എന്താ ഏ ഒരുവരെ പണിയ ഭഗവാന് അതാണ് മന്ദഹാസത്തോട് കൂടിയിട്ടെന്ന് പറയാൻ കാരണം വളരെ മനോഹരമായിട്ട് ആ മുഖ ആ ആ അങ്ങനെയുള്ള ആ ഭഗവാനെ തന്നെ കണ്ടുതമാ ആ ഭഗവാനെ കണ്ടപ്പോ ല്ലേ ആള് കണ്ട കണ്ടതോടു കൂടി എന്ത് ചെയ്തു എന്നാണ് തനിക്ക് ചെയ്യാൻ പറ്റണതുപോലെ ആ ഭഗവാനെ ഒന്നും സംസ്കരിച്ചു സാധാരണ പോലെ സംസാരിക്കാൻ പറ്റില്ല എപ്പോ തന്റെ ശരീരമൊന്നും തനിക്ക് ഒന്നും സ്വാധീനമല്ല ശരീരമൊക്കെ പോയി ഇപ്പൊ എന്താ ആ തല കൊണ്ട് മാത്രം തര എനക്കാൻ സാധ്യമാകുമല്ലോ അതാണ് കൃത നദീ ഭഗവാനെ വന്നിച്ചു ആ ഭഗവാന്റെ മഹത്വം നല്ല പോലെ അറിയാം നല്ലോടറിയാ അങ്ങനെ ഉള്ളതായ ബഹലി ആ ഭഗവാനെ കണ്ടപ്പോ ഇതിനെ വചിച്ചു ആ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു അതോ വളരെ ശബ്ദം താക്കീട്ട് ഒന്നുമല്ല കാരണം തനിക്കതിനുള്ള ഇതില്ല ശേഷി ഇല്ലാണ്ടായി ഉറക്ക ഒരു ശബ്ദം പുറപ്പെടിക്കാനും കൂടി സാധ്യല്ല അങ്ങനത്തെ അവസ്ഥ ആയിരിക്കുന്നു അതാണ് ഇത മൂ വളരെ സാവധാനത്തില് ആ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്തു പറഞ്ഞു എന്നാണെങ്കിൽ സാധു ഭൂപാല സാധു ദേ അങ് ചെയ്തത് വളരെ ഭംഗിയായി സാധു സാധുവാണ് വളരെ നന്നായി അങ്ങ് ചെയ്തത് എന്താ കാരണം അങ്ങനിയുടെ നാഥനായിട്ടുള്ള ആളാണ് അങ് അങ്ങനെയുള്ള ആള് എന്താ ഭൂമിയുടെ നാഥൻ എന്ന് പറയാനുള്ള കാരണം സാധാരണ ഒരു രാജാവിന് എങ്ങനെയാ ആ രാജാവിന് അധീനമായൊരു രാജ്യം ഉണ്ടാവും ആ രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള അല്ലേ ഇത് അതല്ല ഭൂമിയുടെ മുഴുവൻ ആണ് എന്താ കാരണം എന്നാണെങ്കിൽ എങ്ങനെയാണ് സൂര്യവംശ രാജാക്കന്മാര് അങ്ങനെയുള്ളവരാ ചക്രവർത്തിയാണ് എല്ലാ രാജ്യത്തിന്റെയും ആധിപത്യമുള്ളവരാ എല്ലാ രാജ്യങ്ങളിൽ എവരെ നിയന്ത്രിക്കാനുള്ള വൈഭവുണ്ട് അവർക്ക് അതുപാരിക്കറിയാം എല്ലാവരെയും ആരെങ്കിലും എന്തെങ്കിലും അധർമ്മം പ്രവർത്തിച്ചാൽ അവരെ മുഴുവൻ ശിക്ഷിക്കാനുള്ള അധികാരം ഭൂരിവംശരാജാക്കന്മാർക്കുണ്ട് അതാണ് ഭൂപാല ഭൂമിയുടെ നാഥൻ എന്ന് പറയാനുള്ള കാരണം ആ അങ്ങനെ ഉള്ളതായിട്ടുള്ള അങ്ങ് ഈ ചെയ്തത് സാധൂ നന്നായി വളരെ ഭംഗിയായി രാമാ അങ്ങ് ചെയ്തത് വളരെ വളരെ നന്നായി എന്നാണ് അവര് പറഞ്ഞു തോന്നിയത് വളരെ നന്നായി ഭംഗിയായി എന്നാണ് രാമാ വളരെ വളരെ നന്നായി അങ് ചെയ്തത് പക്ഷേ ഒരു കാര്യണ്ട് എന്താണ് എന്നുണ്ടെങ്കിൽ അങ്ങ് ഇങ്ങനെ കാരണം എന്താണ് എന്നുള്ളത് ഒന്നറിഞ്ഞാ കൊള്ളാന്നുണ്ട് എനിക്ക് മാത്രല്ല എല്ലാവർക്കും അറിയാണ്ട് എനിക്ക് ചെലപ്പോ ആലോചിച്ചാലറിയാൻ സാധ്യുന്നു വരും പക്ഷേ അങ്ങനെയല്ലോ മഹാജനങ്ങളുടെ കഥ അതുകൊണ്ട് ഒന്ന് അങ്ങയുടെ മുഖത്തുനിന്ന് തന്നെ ഒന്ന് എല്ലാം അതുകൊണ്ടാണ് നന്നായി എന്ന് പറയാണം എന്താണ് അറിയേണ്ടതായിട്ട് കാര്യം എന്നാണെങ്കിൽ ീഭൂമി സഹതീ ക സഖാനേപ്യലമാവയോ നവൻ സീതം നയജി നയരാവണോ വധ വിഭോ എന്റെ നേരെ ശരം പ്രയോഗിച്ച് നിഗ്രഹിക്കുന്നു ഇത് ഓ എന്ത് വിധിയനുസരിച്ചാണ് എന്താ അതിന്റെ ന്യായം എന്നൊന്നറിഞ്ഞാൻ കൊള്ളാവുന്നുണ്ട് ഏത് കാലത്തും എല്ലാവർക്കും സംശയം ഉണ്ടാവുന്ന വിഷയാണ് ലോകാവസാന കാലം വരെ ഇനി സംശയിച്ചു കൊണ്ടിരിക്കും എന്താണ് ഗ്രഹിക്കാനുള്ള കാരണം എന്തുകൊണ്ടൊന്ന് ഗ്രഹിച്ചു എന്നുള്ളത് രാമൻ എന്റെ നേരെ സ്വയം പ്രയോഗിച്ചത് എനിക്ക് ആക്ഷേപ ഉണ്ടായിട്ടല്ല പിന്നെയോ പിന്നെ എങ്ങനെയാ ലോകത്തിനാണ് ആക്ഷേപം ഉണ്ടാവാം ലോകത്തിലുള്ളതായിട്ടുള്ള ആളുകൾ ആക്ഷേപിച്ചു വരും ആ ആക്ഷേപത്തിനുള്ള പരിഹാരം എന്താന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന്ണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല രാമ രാമൻ തന്നെ ഇതിനെന്താണ് കാരണം എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാന്ന് എന്താണ് വിധി എന്തനുസരിച്ചാണ് എന്താ അതാന്നാണെങ്കിൽ രാമ രാമനാരാ സാധാരണ ഒരാളല്ലോ അയ്യോ കാരണകാരനായിട്ടുള്ള ആളല്ല രാജാവാണ് സുജിവംശ രാജാവു ആയിട്ടുള്ള ആളാണ് അല്ലേ അങ്ങനെയുള്ള അങ്ങാണ് പ്രവർത്തിച്ചേക്കുന്നത് അല്ലേ എങ്ങനെയാണ് ധർമ്മമായിട്ട് വരിക അങ്ങ് ധർമ്മിഷ്ടാണ് അധർമ്മമായിട്ടൊന്നും പ്രവർത്തിക്കില്ല എന്നൊക്കെയാണ് കേട്ടേക്കുന്നത് അല്ലേ ഇതെന്തങ്ങനെ പ്രവർത്തിച്ചേക്കുന്നത് ീരന്മാർക്ക് ഈ ചലാഹതിമാരായിട്ടുള്ള ആളുകൾ പരാക്രമശാലികളായിട്ടുള്ള ആളുകള് ശത്രുവിനോട് യുദ്ധം ചെയ്യും വിരോധികളായിട്ടുള്ള ആളുകളാണ് അവരോട് യുദ്ധം എങ്ങനെയാ നേരിട്ടാണ് യുദ്ധം ചെയ്യ അന്യോന്യം യുദ്ധം ചെയ്ത് ആ യുദ്ധത്തില് തന്റെ ശത്രുവായിട്ടുള്ള ആള് നിഗ്രഹിക്ക പതിവുണ്ട് പക്ഷേ ഇതിപ്പോ എങ്ങനെയുണ്ടായി അല്ലേ മറിഞ്ഞു നിന്നും കൂടെ ശരം പ്രയോഗിക്കാണ്ടായിരിക്കണത് അല്ലേ ഇതെങ്ങനെയാ ഭംഗിയാവുക രാമൻ മറഞ്ഞു നിന്ന് ശരം പ്രയോഗിച്ചു എന്നല്ലേ പറയാ അല്ലേ രാമന് എന്നെ നിഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്ത് നിഗ്രഹിക്കല്ലേ വേണ്ടത് അല്ലേ എന്തുകൊണ്ട് എങ്ങനെ അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടേക്കണത് ഞാൻ ധരിച്ചേക്കണത് അങ്ങനെയാണ് എല്ലാവരും പറയാറോ അങ്ങനെയാണ് പറഞ്ഞ് ഇന്നസരം പ്രയോഗിക്കരുത് നേരെ നിന്ന് യുദ്ധം ചെയ്യണം അങ്ങനെ അനുഗ്രഹിക്കണം അല്ലേ അല്ലേ എന്താ അങ്ങനെ ചെയ്തത് വീരാണാം വീരന്മാർക്ക് യോജിച്ചതല്ല പിന്നോ വിമാര് അറിവുള്ളതായിട്ടുള്ള ആളുകൾ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് അറിയണ ആളുകൾ ധർമ്മധർമ്മങ്ങളെ കുറിച്ച് അറിയണ ആളുകൾ ഉണ്ടല്ലോ അവരെ ചെയ്യൂ ചെയ്യാ ചെയ്യേണ്ടത് ഭംഗിയാണെന്ന് പറയൂ ഓ എല്ലാവരും ഗ്രഹിതന്നവരായിക്കൊള്ളന്നില്ല എങ്കിലും രാജാക്കന്മാരാവുമ്പോ അറിവൊണ്ടാവണം അല്ലാതെ കണ്ടുള്ള ചില ആളുണ്ട് ലേ ഓഹ് ഒരു ഗ്രഹീത ആളുകള് അവരെന്തെങ്കിലും ചെയ്തോട്ടെ രാജാവ് ആണെങ്കിൽ രാജാവ് എന്ന് പറഞ്ഞ രാജ്യം രക്ഷിക്കണ ആള് ആരായാലും പണ്ടില്ല ഇങ്ങനെയുള്ള ധർമ്മവും അധർമ്മവും മനസിലാക്കേണ്ടതാണ് അല്ലേ അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾ ചെയ്യണ ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ചു കൊണ്ടു വേണം അല്ലേ ഭംഗിയായിട്ടുള്ളതാണോ ഓ അങ് രാമ രാമൻ അങ്ങനെയുള്ള ആളാണ് വീരനായിട്ടുള്ള ആളാണ് വിദ്വാനായിട്ടുള്ള ആളുമാണ് അല്ലേ പരാക്രമശാലിയാണ് രാമന്റെ പരാക്രമം പ്രതിദ്ധാണ് കേൾക്കാത്ത ആളില്ല ആരെയും ജയിക്കാൻ വൈഭവുണ്ട് എന്നുള്ളത് പ്രസിദ്ധാണ് അതുപോലെ തന്നെ ധർമ്മനാണ് ധർമ്മജ്ഞാനമുള്ള ആളാണ് ധരിച്ചിട്ടുണ്ട് ഈ രണ്ടു ഗുണങ്ങളും ഉള്ള ആളാണ് രാമല്ലേ അതാണ് വിരാണം വിദുരാ ഈ രണ്ടു ഗുണങ്ങളുമുള്ളതായിട്ടുള്ള ആളുകൾക്ക് ഇത് നി ഇനി അതല്ലാതെ കണ്ട് ധർമ്മ നിങ്ങൾക്ക് ധർമ്മയാണോ ധർമാനുസാരമായിട്ടുള്ളതാണോ അത് നിങ്ങൾ എന്ന് പറഞ്ഞ സൂര്യവംശ രാജാക്കന്മാര് അല്ലേ ഇത് ഭംഗിയായിട്ടുള്ളതാണോ എന്തിനു ചെയ്തു എന്താ ചെയ്തത് അധർമ്മമായിട്ട് പ്രവർത്തിക്കാത്ത ആളുകളാണ് എന്ന് അല്ലേ രാമനും രാമന്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ധർമ്മിക്ഷന്മാരാണ് എന്ന് പ്രസിദ്ധ അല്ലേ എന്താ രാമൻ അങ്ങനെ ചെയ്യാൻ കാരണം ആ ചെലപ്പോ അങ്ങനെ ചെയ്യേണ്ട വരും ചെയ്യാം ആ സമ്മാന കുറച്ച് കൊണ്ടരുതായ്മയാണ് എങ്കിലും ചെലപ്പോൾ ചെയ്യേണ്ട കാരണം എന്തെങ്കിലും വിരോധം ഉണ്ടാവുക വിരോധികളായിട്ട് ഏ എന്ത അപരാധം ചെയ്യാം അപരാധങ്ങൾ ചെയ്ത് ഇനി ഇങ്ങനെ ഇവനെ ഇങ്ങനെ അപരാധം ചെയ്യണവനെ ഭൂമിയിൽ ഇനി വെച്ചേക്കരുത് അപ്പൊ എങ്ങനെ എങ്ങനെ കഥ കഴിക്കണം മറ്റുള്ളവർക്കൊക്കെ ഉദ്രവാ അങ്ങനെയുള്ള ഒരാളെ കഥ കഴിക്കണം എന്ന് വന്നിട്ട് ചിലപ്പോ ചില സന്ദർഭത്തില് ഇങ്ങനെയൊക്കെ നിഗ്രഹിക്കും അല്ലേ വെണ്ടി വരച്ചപ്പോ ആ കൂട്ടത്തില് പറയാൻ പറ്റുമോ ഓ എന്റെ സ്ഥിതി എന്താ അനാഗസിമ രാമനോടൊരു അപരാധം രാമൻ എന്നോട് വിരോധം തോന്നാം പാകത്തിന് എന്തെങ്കിലും ഒന്നുണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുണ്ടോ വിരോധം ഉണ്ടാകാനായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പ്രധാനപ്പെട്ട അപരാധങ്ങൾ എങ്ങനെയുള്ളതാ സ്ത്രീ ഭൂമി യുദ്ധം ഇത് മൂന്നാണ് പ്രധാനായിട്ടുള്ള വിഷയങ്ങള് അല്ലെ ഒരാൾക്ക് വിരോധം ഉണ്ടാവുന്നത് എങ്ങനെയാണ് സ്ത്രീ ചിത്തമായിട്ട് ഒരു സ്ത്രീ ചെയ്യണതായിട്ടുള്ള അപരാധം അല്ലേ അങ്ങനെയുള്ള അപരാധം ചെയ്തവന് എന്ത് ചെയ്യണം പിന്നെ ബജിയൻ താമസിക്കരുത് എന്താ കഥ കഴിക്കണം അല്ലേ അതല്ലെങ്കിൽ എന്തുണ്ടാവും അത് വർദ്ധിക്കും സ്ത്രീകളുടെ നേരെ എന്ത് കാട്ടാം എന്നായിട്ട് തീരുന്നു ഇല്ലേ അപരാധം ചെയ്തു അവിടെ ഉറച്ചാൽ പിന്നെ അവനെ വെച്ച് ഇത് എങ്ങനെങ്കിലും കഥ കഴിക്കണം അതാ വേണ്ടത് എന്ത് അപരാധം സ്ത്രീ നിമിത്തായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഓ അത് ഇനി അതുമല്ല ഭൂമി വിഷയമായിട്ട് ഉണ്ടായിട്ടുണ്ടോ ഓ രാജാവ് ആക്രമ്മാരാവു ഭൂമി വിഷയമായിട്ട് ഭൂമി ആക്രമിക്ക രാമന്റെ ഭൂമിയെ ആക്രമിക്കുക അങ്ങനില്ലേ വേറെ ആരെങ്കിലും ഭൂമി ആക്രമിക്കുക ഉണ്ടായിട്ടുണ്ടോ ഞാൻ സ്ത്രീ ഭൂ അതുപോലെ തന്നെ വിത്തം സമ്പത്ത് സമ്പത്ത് വിഷയമായിട്ടുള്ള അതും വിരോധം ഉണ്ടാക്കുന്നതാ നിസ്സാരമായിട്ടുള്ളതല്ലേ സമ്പത്ത് വിഷയമായിട്ട് അങ്ങനെയാണല്ലോ ഈ എന്തെങ്കിലും കാരണവശാൽ ഒരാളെ കുറെ സമ്പാദി സമ്പത്ത് സമ്പാദിക്കുക അതൊക്കെ രോഗ്യം പറഞ്ഞിട്ട് അത് മേടിക്കുകണ്ടാവുക അത് കഴിഞ്ഞ് പിന്നെ സമയത്തിന് കൊടുത്തില്ലെങ്കിലോ സമ്പത്ത് എന്തിനുള്ളതാ എല്ലാവർക്കും അനവന്റെ അത്യാവശ്യത്തിനുള്ളതാ അല്ലേ ഏ ലോകം വേണ്ടേ എന്താ അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് തന്നാൽ തിരക്കേടില്ലേ കേട്ടോ എനിക്ക് അത്യാവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഓ എന്താ കൊടകൊള്ളാന്ന് തോന്നും എൻ്റെ ആവശ്യത്തിൽ തിരഞ്ഞെട്ടോ എന്ന് പറഞ്ഞാൽ കൊടുക്കുക മേടിക്കഴിഞ്ഞാൽ പോലെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ അത്ര ആളുണ്ട് ഇല്ലേ പല ഉപായം പറഞ്ഞ് മേടിക്കണ വഹക്കാർ പോലെ അത് കിട്ടി ഇല്ലേ ഇനി തന്നെയല്ല വേറെ തലത്തിലും നിലത്തുണ്ടാവും അതെ ഇങ്ങോട്ട് തന്നാൽ എൻ്റെ ഇരട്ടി അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞുള്ള സമ്പ്രദായം അല്ലേ ഇരട്ടിയല്ല ഉരുട്ടിട്ടും കിട്ടില്ല അങ്ങനല്ലേ വരണത് അല്ലേ അങ്ങോട്ട് പുറത്താ കഴിഞ്ഞു അങ്ങനെ വരുമ്പോ എന്താ വിരോധം സമ്പത്ത് വിഷയം ആലോക്യം വർദ്ധിക്കും ആലോകത്തിൽ ശക്തി വളരെ കൂടെ എത്രയാ അങ്ങനെ വരുമ്പോ ആഹാ അങ്ങനെ ചെയ്തല്ലേ എന്നാ അവൻറെ കഥ കഴിക്കണം ഓർക്കിയാഗതി എന്നോ എന്റെ നേരെ എന്തിനക്ക് പോകണ്ടായി എന്റെ ഇങ്ങനെ ഒരു വിഷയം അങ്ങക്ക് എന്നോട് വിരോധം ഉണ്ടാവാനായിട്ട് ഒരൊന്നുമില്ലല്ലോ ഒരപരാധവും ചെയ്തില്ല സ്ത്രീ വിഷയമായിട്ടില്ല ഭൂമി വിഷയമായിട്ടില്ല സമ്പത്തായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ നിരപരാധിയായിട്ടുള്ള എന്റെ നേരെ എന്നെ നിഗ്രഹിക്കണം രാമാ എന്നു തോന്നാനുള്ള കാരണം എന്തെങ്കിലും ഒന്നുണ്ടോ ഒരു കാരണം ഒന്ന് പറയൂ എന്താ ഇന്നതുകൊണ്ടാണ് എന്ന് പറയാനായിട്ട് യാതൊന്നും ഞാൻ ആലോചിച്ച് തോന്നാ ഒരാളും ഉണ്ടായിട്ടല്ലേ പിന്നെ അതൊന്നുമല്ല കാരണം വേറെ അങ്ങനെ വരാം എന്താ അതെന്നാണെങ്കിൽ ആകെ ഞാൻ ഒരു അപരാധം ചെയ്തു എന്ന് പറയാനുള്ളത് എന്റെ അനുജനോട് വിനോദായി അനുജനെ രാജ്യത്തിങ്കിൽ നിന്ന് നിഷ്കാസനം ചെയ്തു അതാണ് ഒരു കാരണം പറയാനുള്ളതുണ്ടായി അനുജനെ അട്ടി ഓടിക്കുണ്ടായി എന്താ കാരണം എന്നാണെങ്കിൽ അത്രയും എന്നോട് വിരോധിയായിട്ട് തീർന്നു അതാണ് കാരണം ഇത് ആ വിഷയത്തിങ്കുണ്ടെങ്കിൽ രാമാ രാമൻ വിചാരിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവുമല്ലോ സന്ധ്യ സന്ധ്യവയോ നമ്മൾ ഞങ്ങള് തമ്മിലുള്ള സന്താനം ഞാനെന്ത്ഗ്രീപനം തമ്മിൽ സന്ധ്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങ് അരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇവിടെ വരിക എന്റെ ഇവിടെ വന്നും കൊണ്ട് ഭാര്യയോട് പറയാ ഭാര്യ അനുജനാൻ്റെ സുഗ്രീവൻ നമ്മൾ എങ്ങനെ വിരോധമായിട്ടിരിക്കരുത് നമ്മൾ തമ്മില് ചോദിക്കൂ സന്ധി ചെയ്യൂ എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധി ചെയ്യാണ്ടിരിക്കൂ അങ്ങ് അതിന് പ്രാപ്തനാണ് സന്ധി ജയിപ്പിക്കാൻ സാധ്യമാകും സന്ധാനേപ്യലമാവയോ സാധ്യമാവില്ലേ അങ്ങയെ പോലെ ഒരാളും തന്നെ സന്ധി ജയിപ്പിക്കാനായിട്ട് പുറപ്പെടില്ല അങ്ങൊരാള് വന്നാൽ മതി ഉണ്ടായില്ലല്ലോ ഒരു വാക്ക് പറഞ്ഞു നോക്കി സന്ധി ചെയ്തില്ല എന്നിട്ടാണെങ്കിൽ വിരോധമില്ല അതുണ്ടായോ സന്ധാനമാവയോ ഞങ്ങള് തമ്മിലുള്ള സന്ധ്യ വിഷയത്തിങ്കലാണ എന്നുണ്ടെങ്കിൽ അങ്ങ് വിചാരിച്ച സദ്യവും എന്താ കാരണം അത് അങ്ങക്കതിനുള്ള വൈഭവുണ്ട് പ്രാപുതിയുണ്ട് സംശയമില്ല അല്ലേ ഉണ്ടായു ഇനി ഏ ബാലി അതൊന്നും അല്ല നിങ്ങളുടെ എനിക്ക് വിഷയമല്ല നിങ്ങൾ തമ്മിൽ കലഹിച്ച് എന്തെങ്കിലും ആയിട്ടോ എനിക്ക് എന്റെ കാര്യം അങ്ങനെയുള്ള മറ്റുള്ള ആള് എന്തായാലും എന്റെ കാര്യം ഇപ്പൊ അങ്ങനെയാവുള്ളു എല്ലാവർക്കും അവനവന്റെ കാര്യം തന്നെ പ്രാധാന്യം അല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സ്ഥിതി എനിക്കറിയാം സീതാപീത സീതയുടെ കാര്യം എന്നോടൊന്നറിയിക്ക എന്താ ഈ കഥ സീതയുടെ കാര്യം സീതെ രാവണൻ പിടിച്ചു കൊണ്ടുപോയിക്കുന്നു രാവണൻ ബലാകാരമായിട്ട് കൊണ്ടുപോയി മോക്ഷിച്ചു കൊണ്ടുപോയി എന്തായിട്ടെ സീത കൊണ്ടുപോയി എന്ന് അറിഞ്ഞെങ്കിൽ ആ സീതയെ ഞാത സീതേ ഞാൻ കൊണ്ടുതരില്ലീ സീത എന്തെങ്കിലും കൊണ്ടുതരുമല്ലോ ഒരു പ്രയോന്നുമില്ലാ ഞാൻ അങ്ങനക്ക് തരും സീത നയാ ഞാത എന്ന് പറഞ്ഞാ നീ ഇവിടെ വന്ന് പറയണ്ടു സീത കൊണ്ട് വരുത്തി തരണം ഉണ്ടായില്ലല്ലോ ആ ണെങ്കിൽ വല്ല പ്രയാസം എനിക്ക് എന്താണ് എന്താണ് ഞാൻ ജിത രാവണനാണ് രാവണനെ ജയിച്ചിട്ടുള്ള ആളാ അല്ലേ ഞാൻ പറയണത് പോലെ കേൾക്കും രാവണൻ അല്ലേ ഞാൻ എന്തു പറയണോ അതേപോലെ അനുസരിക്കും ഒന്ന് ഒന്ന് പറയായിരുന്നല്ലോ രാമ രാമോ ജിരാജ്ഞാ വിധു ഇതൊന്നും ഉണ്ടായില്ലല്ലോ എന്തെങ്കിലും ഒന്നും ഉണ്ടായി ഒന്നും കൂടാതെ കണ്ട് ഇങ്ങനെയല്ലേ പ്രവർത്തിക്കുക അങ് വിഭുവാണ് സർവശക്തനാണ് എന്തിനും പ്രാപ്തനായിട്ടുള്ള ആളാണല്ലോ അങ് ഒന്ന് കൽപ്പിച്ചാ മതി എന്നെ പോലെയുള്ള വേണ്ടത് സാധ്യവും അതുകൊണ്ട് അങ്ങ് ൂ ഒന്നറിയാൻ വേണ്ടിട്ടാണ് എന്താ വിധി മധു അങ് ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ പ്രസിദ്ധാണല്ലോ ഗ്രഹിക്കാനായി കൊണ്ടുള്ള എന്ത് കാരണം എന്താ ഇത് കാരണം ഒന്നറിയണം അറിഞ്ഞാ കൊള്ളാ അന്ന് മോഹണ്ട് ഒന്നങ്ങ് എന്നൊന്ന് പറയൂ അധർമ്മമായിട്ടുള്ള പ്രവൃത്തിയാണ് കിട്ടല്ല പ്രവൃത്തിയല്ലേ എന്താണെന്ന് ഒന്ന് അറിയൂ ഒന്ന് പറയൂ രാമാറിഞ്ഞാറുള്ള നന്ദിച്ചു ഓ ആ വാക്കുകൾ ഇങ്ങനെ ഞാനിത് മുമ്പ് എന്നെ വിചാരിച്ച എന്താ കാണുന്നുണ്ട ഇങ്ങനെ ചോദിക്കും ചോദിച്ചത് ഏതായാലും നന്നായി ഇപ്പൊ തന്നെ അതിന് മറുപടി പറയാലോ അതെ ഭാര്യ മാത്രമല്ല ലോകത്തിലുള്ളവരൊക്കെ ശ്രമിച്ചോട്ടെ എന്നും ആളുകൾക്ക് ഈ കാര്യം വിഷയായിട്ടതാണ് അല്ലേ ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിശ്ചയിച്ചു കൊണ്ടു പറഞ്ഞു ഭാര്യ എന്താണ് അങ്ങനെ അനുഗ്രഹിക്കാനുള്ള കാരണം അല്ലേ ഞാൻ അധർമ്മമല്ലേ പ്രവർത്തിച്ചത് നിർ നിവർത്തിച്ചത് എന്നല്ലേ പലതും ചോദിച്ചു അപ്പോലെ തന്നെ എന്താണ് വിരോധം എന്തെങ്കിലും ഒരു നിരോധനോടുണ്ടോ ലേ ചോദിച്ചിട്ടേ വരി വരി ചോദിച്ചതൊക്കെ പരമാർത്ഥാണ് ഞാൻ പറയാം എന്താ അത് എന്നാണെങ്കിൽ ധർമ്മ മൃഗവധോത്തോ മൈത്രിയാതിൽ സന്ധിമഗ്രോ തണ്ട പ്രയുക്ത അഭി പ്രിസു പ്രിസുഹ ആപരാധേ മാതൃസ ഞാൻ അധർമ്മ അല്ല ധർമ്മ അധർമ്മമായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല ഒരു കാര്യം ചെയ്യുമ്പോ ആലോചിച്ചിട്ട് പ്രവർത്തിക്കുന്നു ഏ ധർമ്മമാണ് എനിക്കേതല്ല മാതൃശാനം ധർമ്മ എന്നെ പോലെ ഉള്ള ആളുകൾ അവർക്ക് രാജാക്കന്മാർക്ക് രാജാക്കന്മാർക്കൊക്കെ തന്നെ ഈ ഈ പ്രവൃത്തി ധർമ്മോ ധർമാണോ എന്നാണ് എന്താ പാ ചെയ്തേ ചെയ്തതെന്താ ഭാര്യയെ ഞാൻ ഒരു വൃക്ഷത്തോട് മറിഞ്ഞു നിന്ന് ശരം പ്രയോഗിച്ചു അല്ലേ അല്ലേ ധർമ്മ എന്താ ഞാൻ ചെയ്തേ ഗഹനമൃഗപഥ ഗഹന കാട്ടിലെ ഒരു മൃഗത്തിനെ നിഗ്രഹിക്കരുത് ചെയ്തത് അല്ലേ ഒരു രാജാവ് കാട്ടിലെ മൃഗത്തിനെ നിഗ്രഹിക്കണത് എങ്ങനെയാ എങ്ങനെയാ നിഗ്രഹിക്കാറ് എങ്ങനെയാ മറിഞ്ഞു നിന്നിട്ട് എല്ലാം നിഗ്രഹിക്ക രാജാക്കന്മാരെ കാട്ടില് പോയി മൃഗങ്ങളെ അനുഗ്രഹിച്ചില്ലേ എന്തായാലും കാരണം എന്തു നിഗ്രഹിക്കണു മൃഗങ്ങളുടെ ഉപദ്രവം സഹിച്ചവയ്യാതെ കണ്ടാകുമ്പോ മഹർഷിമാനും സജ്ജനങ്ങളും ഒക്കെ ആരോട് ആവശ്യപ്പെടുക ആരോടാ രാജാവിനോട് രാജ്യം രക്ഷിക്കാൻ ഉപദ്രവം കഴിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട് മൃഗങ്ങളുടെ ഉപദ്രവം കഹിക്കുക വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് വന്ന് ആവശ്യപ്പെടും ആവശ്യപ്പെട്ടാൽ എന്ത് വേണം ഭദ്രവകാരികളായിട്ടുള്ള മൃഗങ്ങളെ നിഗ്രഹിക്കണം വേണ്ടേ അതല്ലാണ്ടോ ഉപദ്രവം ഉണ്ടോ നവിച്ചോളൂ എന്ന് പറയണോ വേണ്ടേ അല്ലേ അല്ലേ ഭരിക്കണവരുടെ ഭാരാണ് രാജ്യത്തിങ്ക വന്ന ജനങ്ങൾ അധിവരെ വന്ന ദുഷ്ടമൃഗങ്ങളെ ഓരോ ഉപദ്രവം ചെയ്യുമ്പോ അവരെ നിഗ്രഹിക്കൽ രാജാവിന്റെ ധർമ്മ അതിനാണ് നായാട്ട എന്ന് പറയുന്നത് അല്ലാതെ കണ്ട് നായാട്ട എന്നുള്ളൊരു വിനോദമൊന്നുമല്ല രാജാക്കന്മാർക്ക് അട്ടിപ്പോയി സന്തോഷിക്കാനുള്ള അവസരമൊന്നുമല്ല സജ്ജനങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കണം ദുർബു ദുർഗ ദുഷ്ടമൃഗങ്ങളുടെ ഉപദ്രവം ഇല്ലാണ്ടാവണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കണതാണ് അല്ലേ എങ്ങനെയാ എങ്ങനെയാ ആയുധം പ്രയോഗിക്കുക മറ്റുള്ളവരെ പോലെ നേരിട്ട് വന്നു ആരുടെ ആയുസം പ്രയോഗിക്കുക അതെയോ അല്ലേ മറഞ്ഞ് നിന്നാ പ്രല്ലേ അല്ലേ ഗഹന മൃഗ വധ കാട്ടില് മൃഗങ്ങളെ നിഗ്രഹിക്കണ സമ്പ്രദായം അതുപോലെയാണ് അല്ലേ ബാലി അങ് ആരാ മൃഗല്ലേ മൃഗല്ലാന്ന് പറയൂ അങ്ങ് ആരാ വാനരനാണ് അല്ലേ വാനരനായ വാനരന്മാരെ മൃഗങ്ങളുടെ കൂട്ടത്തിലല്ലേ വിട്ടുക അതോ വേറെ വല്ല ഗുരു കൂട്ടാ മൃഗ അല്ലാതെ പറയാങ്ങനോ വേണം മറഞ്ഞ് നിന്നാണ് ആയുധം പോയിരിക്കില്ലേ ഇത് തന്നെയല്ലേ വാനരനല്ലേ വാനരനെ ആകുമ്പോൾ ഒരു ചേട്ടൻ ചാടിയാ ഇങ്ങടാ പോകാന്ന് വെച്ചുണ്ടോ അപ്പൊ എന്തു വേണം മറഞ്ഞു നിക്കണം ഇത് തന്നെയല്ല തനിക്ക് ആപത്തും ഇങ്ങോട്ട് കൂടാണ്ടിരിക്കാൻ വേണം വേണ്ടേ ഇത് മൃഗം ഇങ്ങോട്ട് ചാടിയാലോ വലിയ വലിയ മൃഗങ്ങളെയൊക്കെ നിഗ്രഹിക്കുമ്പോൾ എന്ത് വേണം എങ്ങനെയാ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടൊരു ദിക്കിൽ നിന്നിട്ട് വേണം പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ തന്നെ സാധ്യമാവില്ല അതേപോലെ അല്ലേ ചെയ്തേക്കുന്നത് അല്ലേ പല മൃഗങ്ങളും ഇന്നതൊന്നുമില്ല കാട്ടിൽ വന്നാൽ പല മൃഗങ്ങളെ നിഗ്രഹിക്കുന്നുണ്ട് ആ കൂടുതലല്ലേ അപ്പോ മൃഗങ്ങളെ നിഗ്രഹിക്കാം അതാർക്ക് എല്ലാവർക്കും ഇല്ല അതാണ് മാതൃശാനാം എന്നെ രാജാക്കന്മാർക്കേ സാധ്യമാവൂ അല്ലാണ്ട് നിഗ്രഹിച്ചോളാൻ പറഞ്ഞാൽ ഏ നിഗ്രഹിച്ചോളൂട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ കാട്ടിലെ മൃഗേ ഇല്ലാണ്ടാവും അത് കൂടാണ്ടിരിക്കാനാണ് അതിന് നിയന്ത്രണം വച്ചിരിക്കണത് നിഗ്രഹിക്കരുത് എന്ന് ആര് നിഗ്രഹിക്കരുത് എന്നല്ല അതിനർത്ഥം അല്ലേ നിഗ്രഹിച്ചോനുള്ള അനുവാദം കിട്ടിയാൽ പിന്നെ നമ്മൾ നിഗ്രഹിച്ചോളൂ അത് കൂടാണ്ടിരിക്കാൻ വേണ്ടി അത് അതിനൊരു നിയന്ത്രണം ആര് വേണം അധികാരപ്പെട്ടവരെ ചെയ്യാവൂ രാജ്യം രക്ഷിക്കണവരെ മാതൃ എന്താണ് രാജാക്കന്മാര് എന്ന് പറയാനുള്ള കാരണം ഓ ആ ധർമ്മേത് അല്ലേ ധർമ്മ മൃഗവധ ആ ധർമ്മ പറയൂ മൃഗങ്ങളെ നിഗ്രഹിക്കാന്നുള്ളത് രാജാക്കന്മാർക്ക് ധർമ്മ എന്നെ പോലുള്ളതാണ് എനിക്ക് ധർമ്മതാണ് ഇനി എന്താണ് അപരാഹ അപരാധം എന്താണ് വിരോധം ഉണ്ടായത് എന്നല്ലേ അതുകൊണ്ട് വിരോധം ഉണ്ടാവാറുള്ള കാരണം ഉണ്ട് വിരോധങ്ങനെയാ രാജാക്കന്മാർക്ക് നേരിട്ടല്ല വിരോധം ഉണ്ടാവാ പല കാരണങ്ങളും കൊണ്ടും വിരോധം കണ്ടു എന്താ എന്താ വിരോധങ്ങനെയാ മൽ കളത്രാപഹർത്താവിന്റെ മൈത്രി കൊണ്ട് എന്റെ എന്റെ അപഹരിച്ചു കൊണ്ടുപോയ അവൻ ആരാ എന്റെ ശത്രുവാണ് അല്ലേ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയ ആളെ ആരും ബന്ധുവായിട്ട് കണക്കാക്കാറുണ്ടാവോ ഭയെ അപഹരിച്ചു പോയോ നന്നായിട്ടോ കൊണ്ടക്കോളൂ കേട്ടോ പറയാറുണ്ടോ ഇനി എത്ര ദുർബലനായിക്കോട്ടെ ആരായാലും വേണ്ടിട്ട് എന്താ ഉണ്ടാവുക ആള് ശത്രുവാണ് അല്ലേ ഭത്നിന്ന് പറഞ്ഞാരാ അവനെ പോ തന്നെ പോലെ കണക്കാക്കുന്നു ഒരു ഭത്നിയോട് ചെയ്യണ ദുരോഹ എന്തോ അത് ചെയ്ത പോലെ കണക്കാക്കുക അല്ലേ അപ്പോ ആരോ രാവണനാണ് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നത് എന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയേക്കണു അല്ലേ എന്തായ കാരണം എന്നോടുള്ള വിരോധം അല്ലേ ആ പത്നിയെ ഒരു അപരാധവും ചെയ്യാ എന്നോടുള്ള വിരോധം കൊണ്ടാ ചെയ്ത് ശത്രു എന്റെ ശത്രു ആരാ രാവണൻ സംശയോ ശത്രു അവന്റെ ോട് കൂടിയുള്ള ബന്ധുത അന്ന് സഖ്യം ചെയ്തിട്ടില്ലേ രാവണനോട് സഖ്യം ചെയ്തില്ലേ അന്ന് ഇല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ രാവണനെ ജയിച്ചിട്ടുണ്ടെന്നില്ലേ അവിടെ വച്ച് സഖ്യം കൂടി ചെയ്യണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണല്ലോ കേട്ടിങ്ങണത് രാവണനോട് സഖ്യം ചെയ്തു ഈ സഖ്യം എന്ന് പറഞ്ഞാ സഖ്യം സഖ്യം എന്ന് പറഞ്ഞ അന്യോന്യം ആവശ്യമാവുമ്പോ സഹായം ചെയ്തോളാം സഖ്യം അല്ലെ അപ്പോ അങ്ങ് രാവണന്റെ ബന്ധുവായിട്ടുള്ള അല്ലെ ബന്ധുവായ ശരിക്കും എന്ത് വേണം ബന്ധുവായപ്പോ എന്താ രാവണന്റെ ബന്ധുവായപ്പോ രാവണൻ എന്റെ ശത്രുവാകുമ്പോ രാവണന്റെ ബന്ധുവായിട്ടുള്ള അങ്ങും എന്റെ ശത്രുവാണ് ഇതല്ലേ എന്താ കാരണം ഒരാവശ്യം വരുമ്പോ അങ്ങ് ആരെ സഹായിക്കാം എന്നെ സഹായിക്കോ അങ്ങയുടെ സുഹൃത്തായിട്ട് രാവണനെ സഹായിക്കു ആരോടാണോ മൈത്രിയുള്ളത് ആളല്ലേ സഹായിക്ക അപ്പൊ എങ്ങനെയാ അങ്ങ് എന്റെ ശത്രു മൈത്രിയാ എനിക്ക് വൈരണ്ടായിരം പിന്നോ പിന്നെ പിന്നൊരു കാര്യം പറഞ്ഞു നിങ്ങളെ സന്ദിപ്പിക്കാം നിങ്ങള് തമ്മിലുള്ളതായിട്ട സത്യത്തെ ഞാൻ വന്ന് പറഞ്ഞാൽ ബാലി അങ്ങ് കേക്കുവോ ഭക്ഷ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ കേക്കോ ഇപ്പൊ ഈ അവസ്ഥയിൽ പറയണമെന്നല്ലേ പ്രതാപത്തോടു കൂടി അവിടെ വന്നിരിക്കുമ്പോ ഞാൻ എങ്ങനെ അവിടെ വന്ന് പറയണം ആരൊരാളായിട്ട് വന്ന് പറയണം ം പറയാനായിട്ട് അവിടെ വന്നാൽ വന്നു കഴിഞ്ഞാൽ ആരാ ഇന്ന ആളാണോ എന്ന് പറയും അല്ലെ എന്താ കാര്യം ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ പറയാ ഇന്നിപ്പോ അവശനായത് കൊണ്ട് പറയണതാണോ എന്ന് പറയാ അയ്യോ ഈ ഒരു കാര്യത്തിനാണ് പറയാനായിട്ടാണ് ഞാൻ അവിടെ വന്നാൽ അങ് എന്താ പറയാന്ന് എനിക്കറിയാം എന്താ കടക്ക് പുറത്തൊന്നല്ലേ പറയാ ഈ അവസ്ഥയില്ലല്ലോ കാരണപ്പോ ഞാനിങ്ങനെ അറിഞ്ഞു പോരണ്ടേ അങ്ങക്ക് ആവശ്യം ഉണ്ടാവണം അങ്ങക്ക് ആവശ്യമുള്ള കാര്യമാണ് ഞാൻ പറയാൻ വരണത് എന്നുണ്ടെങ്കിൽ അങ്ങ് സ്വീകരിക്കും അതാണ് സന്ധി ശ്രേഷ്ഠമായിട്ടതാണ് സന്ധി അത് ഞാൻ എങ്ങനെ ചെയ്യും സന്ധ്യമഗ്രഹം അല്ലേ രണ്ടും സാധ്യല്ല നിങ്ങളെ സഖ്യ സന്ധി ചെയ്യിപ്പിക്കാനും സാധ്യല്ല എനിക്ക് അങ്ങ് ശത്രുവായിട്ടും തോന്നി അല്ലേ അങ്ങനെ വന്ന എന്തു ചെയ്യും എന്താ ചെയ്യ സാധാരണ നിലക്ക് ഒരാളുടെ നേരെ എന്നാ ചെയ്യാ സാമം ദാനം ഭേദം ഗന്ധം നാലുപായങ്ങളാ സാമം നാമം പറഞ്ഞാ നല്ല വാക്ക് പറയാം സാധിക്കാനായിട്ട് നല്ല വാക്ക് പറഞ്ഞ കാര്യം സാധിക്ക അങ്ങയുടെ നേരെ നടത്തുവോ ഉറപ്പാണ് പിന്നെന്താ ദാനം വലതും കരല് അങ്ങക്ക് വലിയ ആവശ്യമുണ്ടോ ഈ ദാനം കിട്ട പേടിക്കേണ്ട ആളെങ്ങനെയാ അങ്ങനത്തെ ആളാ അവിടെ കിട്ടുന്നു വലത് കിട്ടിയാൽ കൊള്ളാന്ന് മോഹമുള്ളവര് അങ്ങക്കെന്താ ഇല്ലാതെ എല്ലാം അങ്ങയുടെ അധീനത്തിലാ അങ്ങനെ ഉള്ളവർക്ക് ദാനം അല്ലേ പിന്നെ ഭേദം ഭേദം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വരും എന്ന് പറയാനല്ലേ പറയാം പറയാൻ പറ്റുമോ അങ്ങയുടെ നേരെ മൂന്ന് ഉപായവും അങ്ങയുടെ നേരത്ത പ്രയോജനമില്ല പിന്നെന്താ മൂന്ന് ഉപായങ്ങളും സാധിക്കാണ്ട വരുമ്പോ എന്ത് എന്തുവരും അങ്ങനെയുള്ള ആളുടെ നേരെ എന്ത് ചെയ്യും ദണ്ടാണ് പ്രയോഗം അല്ലേ ദണ്ട് എന്താലോ ദണ്ടെന്ന് പറഞ്ഞാൽ കഥ കഴിക്ക ഇതേ മാർഗുള്ളൂ അപ്പോ സാമവും ധ്യാനവും ഭേദവും ഫലമില്ലാതെ കണ്ടുള്ളത് ഇച്ചിലാണ് ദണ്ഡം പ്രയോഗിക്കുന്നത് എന്താ എനിക്ക് കാരണം എന്താ ഈ ദണ്ഡോപായം തന്നെ വേണം എന്ന് പറയാൻ കാരണം അങ്ങ എങ്ങനെയുള്ള ആളാ ഗണ്ട പ്രാ എങ്ങനെയുള്ള സുരപതി വരമത്തേരമുരപതിയുടെ അരം കൊണ്ട് മത്തനായിട്ടുള്ള ആളാ സുരപതി ഇന്ദ്രന്റെ അനുഗ്രഹം കൊണ്ട് അഹങ്കാരിയായിട്ട് തീർച്ചു അങ്ങനക്ക് ആരെയൊരു കൂതനില്ലാ ഇതിനെ അനുഗ്രഹിച്ചു എന്താഗ്രഹിച്ചത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആരെയും ജയിക്കാൻ സാധ്യമാവില്ല എന്നുള്ളതല്ലേ അനുഗ്രഹം അങ്ങയുടെ അച്ഛൻ തന്നേക്കണതല്ലേ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ പൂത്ത നാശം പരിശോധിക്കും അല്ലേ അല്ലേ അങ്ങനെയുള്ള ആളാണ് അങ്ങ് അങ്ങനെയുള്ള ആളെടുക്കല് അതുകൊണ്ട് എന്താ എന്നാൽ എന്താണ് നിരർത്ഥാനുദീതവും നിരർഥാനീതിയാണ് അനുദീതീടെ രീതി നയം അങ്ങനെ അടുക്ക പ്രയോജനം എന്താ ഒരു ഫലവട്ട അഹങ്കാരികളടക്കല് ൊന്നും അതുകൊണ്ട് ഇന്നും മാത്രമല്ല അങ്ങയെ നിഗ്രഹിക്കണമെന്ന് തോന്നാൻ വേറെയും കാരണമുണ്ട് എന്താ അസ്മാഹൃദ അഖില സ്വാപഹാരാണ് അപരാധിയായി ആളെ നിഗ്രഹിക്കണം അല്ലേ എന്ത് എന്താ അപരാധം എന്നല്ലേ എന്റെ എന്റെ പ്രിയ സുഹൃത്ത് അഹില സ്വാപഹാരമാണ് പ്രിയസുഹൃത്തിന്റെ അഹിലാപഹാരം അതാവുന്ന അപരാസാണ് എന്റെ പ്രിയ സുഹൃത്ത് ആര് സുഗ്രീവൻ സുഗ്രീവന്റെ സർവവും അങ്ങ് അപഹരിച്ചി സുഗ്രീവൻ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ളതൊക്കെ തന്നെ അങ്ങ് അപഹരിച്ചു സുഗ്രീവൻ ആരാ യുവരാജാവ യുവരാജാവ് എന്ന് പറഞ്ഞ രാജാവിനോട് തുല്യനായിട്ടുള്ള ആളാണ് അങ് എങ്ങനെ രാജ്യസുഃഖം അനുഭവിക്കുന്നു അതേപോലെ തന്നെ അനുഭവിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ് സുഗ്രീവൻ അല്ലേ ആ സുഗ്രീവനെ ആട്ടിച്ചു ഓടിച്ച് അത് മുഴുവൻ ബലമായിട്ട് അനുഭവിക്കുന്നു അല്ലേ എല്ലാം രാജ്യസുഃഖം മുഴുവൻ മാത്രല്ല സുഗ്രീവന്റെ ഭാര്യയെ അങ് അധീനത്തിലാക്കിട്ടില്ലേ എങ്ങനെ അങ്ങയുടെ ബാഹുപരാക്രമം കൊണ്ട് ഭംഗിയാണോ അയ്യോ സുഗ്രീവൻ തന്നെ അനുജനാണ് അനുജന്റെ പത്നിയെ തനിക്ക് സ്വാധീനമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അധർമ്മുണ്ടോ പൊള്ളരുതായ്മയുണ്ടോ അനുജന്റെ പത്നിയെ എങ്ങനെ കണക്കാക്കുക പുത്രിയെ പോലെ അല്ലേ കണക്കാക്കുക അല്ലേ ആ പുത്രിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരാ അങ്ങനെയുള്ളതല്ലേ ഇതെന്താ കാരണം എന്താ ആ അനുഗ്രഹം അച്ഛന്റെ അനുഗ്രഹമാണ് ഏതൊരാളൊക്കായാലും വേണ്ടില്ല ഇങ്ങനെയുള്ള അനുഗ്രഹം അഹങ്കാരം അങ്ങനെ ഒരു നയവും അങ്ങയെങ്കിൽ ഭരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അവിടെ ചെയ്യേണ്ടത് എന്തുവേണം അങ്ങനെയുള്ള ആ നേര് ണം നിഗ്രഹിക്കുന്നേറെ അങ്ങനെ ഇത് ഒരാൾക്ക് വേണ്ടിട്ടല്ല അങ്ങയെ പോലെ ഒരാളെ നിഗ്രഹിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ളവർക്ക് തന്നെ ഇതൊരു പാഠമായിട്ട് തീരണം ഇങ്ങനെ അഹങ്കാരം വർദ്ധിച്ചിട്ട് മറ്റുള്ളവർ അനുഭവിക്കാം യോഗ്യമായിട്ടുള്ളതൊക്കെ ബലമായിട്ട് അപഹരിച്ച് അനുഭവിച്ചു കൊണ്ട് ആളുകൾക്ക് ഇതൊരു അനുഭവമാവണം എന്ന് വിചാരിച്ച് ഞാൻ പ്രവർത്തിച്ചേക്കണതാണ് അതുകൊണ്ട് ഞാൻ ചെയ്തതിൽ അർത്ഥവും ഇല്ല ന്യായമായിട്ടുള്ളതാണ് എന്ന് ആ ഭഗവാൻ ഭാര്യയോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ ഭാര്യയോട് ഓരോ വാക്കുകള് പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ ആ സമയത്തെങ്കിൽ വിജിതവൃത്താന്താരൃഗനിത സന്തത നഗരം നിർഗ്യാണയൂധപതിരണിതല സമർപ്പം ദാശരഥി അശ്രഥാ ബാലിന്മാലിംഗ്യ സ്വാൻസിമാ രഘു രഘുവീരം യുദ്ധത്തിന് പോയപ്പോ തന്നെ സമന്യത്തിലധികം ഉണ്ട് എന്താ സംഭവിക്കാവോ എന്താ അദ്ദേഹത്തിന് സംഭവിക്കാവോ ഞാൻ പറഞ്ഞതൊന്നുസരിക്കേണ്ടായില്ലോ എന്താണാവോ എന്ന് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വൃത്താഹം പറഞ്ഞത് ൂട്ടിട്ട് സന്താതാശ്രു കിട്ടേ അശ്രുകള് കണ്ണുനീര് കണ്ണുനീരങ്ങൾക്കോട്ടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെ അങ്ങോട്ട് ധാരമുറിയാതെ കണ്ട് അങ്ങോട്ട് മനസ്സിലെ ദുഃഖം കൊണ്ട് കണ്ണങ്ങട്ട് കലങ്ങി അങ്ങനെയുള്ളു കഴിക്കാതെ കിട്ടുള്ള ദുഃഖമാണ് കട്ടേ ഇങ്ങനൊരു അധ്യാപകാണല്ലോ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് വിചാരിച്ച് അതീവ ദുഃഖിതയായിട്ട് എന്നിട്ട് നഗര നഗരത്തിൽ നിർഗമിച്ചു രാജധാനിയുടെ അന്തർഭാഗത്തിൽ തന്റെ പ്രിയതമനായിട്ടുള്ള വലിയ കാണാനായിട്ട് എന്ന് കാണാലോ അദ്ദേഹത്തിന്റെ ശരം കൊണ്ട് മൃഗപ്രായനായി ക് മഞ്ഞു വീഴേക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാണം പോണേനു മുമ്പ് ോ എന്നും വിചാരിച്ചു കൊണ്ടാണ് വരണത് അങ്ങനെ നിർഗത്തിയ അവിടുന്ന് പുറപ്പെട്ടിട്ട് സമീപത്തേക്ക് അങ്ങനെ ചെല്ലു ചെല്ലുമ്പഴത്തെ സ്ഥിതി എന്താ എന്താണ് അവിടെ കണ്ടത് അദ്ദേഹത്തിന് എന്താ അതാണെങ്കിൽ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയാണ് കണ്ടു നോക്കിയപ്പോ ഇനിയാ ായിട്ടുള്ള വാരണയൂഥപതിയെ പോലെ വാരണയൂഥപതിലവാനായിട്ടുള്ള ആനയൂഥപതില് ആള് അനവധി ആനകളോട് കൂടിയിട്ട് നമ്മൾ സഞ്ചരിക്കുക ഒറ്റയ്ക്കല്ല അങ്ങനെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ആനകളെ സംരക്ഷിച്ചുകൊണ്ട് ഗർഭിതനായിട്ട് നടക്കണ ആനല്ലേ ആനക്ക് എന്തുപറ്റി വാരിവാരിതം വാരിവാര് തടയൽ ആണ് തടയണതായ സ്ഥലമാണ് വാരിപ്പുഴി എന്ന് പറയണത് അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വീണു അപകടക്കാൻ പറ്റിട്ടാണ് പൊതുവേ ആനകൾക്ക് അങ്ങനെ പറ്റില്ല വളരെ മനസ്സിൽ എത്തിക്കൊണ്ടാണ് സഞ്ചരിക്കണത് പക്ഷേ ഇതെന്തോ ആ അതിൻ്റെ ഉള്ളിലേക്ക് വീണു വീണപ്പോഴത്തെ അവസ്ഥ എന്താ ഇവിടെ വീണ് കഴിഞ്ഞാ പിന്നെ അനങ്ങാൻ നിർത്തിയില്ല അതേപോലെയാണ് ഗുളി ഉണ്ടാവ് അതേപോലെയാണ് ഇവിടെ പോ അവശനായിട്ട് അവിടെ കിടക്കുന്നു അതാണ് കണ്ടത് ഇതാണ് എനിക്കാൻ സദ്യ അവിടുന്നില്ല ഒന്ന് ഇനീ തിളയാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പുറപ്പെടു നോക്കിണ്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ പറ്റുവോന്ന് അങ്ങനെ നോക്കിട്ട് പക്ഷേ അക്ഷമം പൊങ്ങാൻ അവിടെ പറ്റില്ലേ അതുപോലെ തന്നെയല്ലേ വാരിപ്പുഴയിൽ വീണാൽ ആ വലിയ ആന പുറത്തേക്ക് കയറാൻ വേണ്ടിട്ട് അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഇവിടെ ആ കിടന്നും കൊണ്ട് ഒന്ന് നീതിളയാം സാധ്യവിണ്ടിയ എന്നിട്ടോ അവിടെ കിടന്നും കൊണ്ട് കാട്ടണത് എന്താ എന്നാണെങ്കിൽ ധരണി തലാർപ്പിത് ആ അവിടെ കിടന്നിട്ട് ധരണി തലത്തെങ്കില് ഭൂമിയിൽ ആമറസിണ്ട് ആ രണ്ട് കയ്യും ആ കയ്യന്റെ ഇവ ഭൂമിയിൽ ഇങ്ങനെ അമ്രസിട്ട് പൊങ്ങാൻ നോക്കുക സാധ്യവണില്ല വെലായിട്ട് കയ്യ് യാം എ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കണത് പക്ഷേങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ കാമാന്യം ദണ്ഡിച്ചുകൊണ്ട് അവിടെ എങ്ങനെ കിടക്കും എന്ന് മാത്രമല്ല ഇങ്ങനെ നോക്കിയപ്പോ എന്താ അവിടെ കണ്ടത് എന്നാണെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമീപത്തിങ്ങനെ നിക്കണ്ട് അല്ലേ അവിടെ എങ്ങനെയാ അദ്ദേഹം നിക്കണത് ആ ബില്ല് ഞാൻ അഴിച്ച് നിലത്ത് കുത്തി അതിന്റെ തലക്കിൽ കയ്യു വെച്ചുകൊണ്ടാണ് അതല്ലേ ആ ബില്ല് തലക്കിൽ കയ്യു വെച്ചേക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് അവിടെ ഇങ്ങനെ കണ്ടത് എന്ന് മാത്രല്ല അദ്ദേഹത്തിനോട് കൃതസല്ലാപീനം എന്തൊക്കെയോ ഇങ്ങനെ പറയണ്ടത് സമീപത്ത് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് തന്റെ പ്രചൃതമനായിട്ടുള്ള അദ്ദേഹം എന്തൊക്കെയുള്ളൂ എന്ന് പറയട്ടെന്താ മനസ്സിലാവുന്നില്ല അക്ഷരങ്ങളെ അവ്യക്തമാണ് രണ്ടുപേരും കൂടി അങ്ങട് ഭഗവാന് അങ്ങട് പറയണു അദ്ദേഹം ഇങ്ങടും പറയണു അങ്ങനെയുള്ള ഭഗവാനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഭാര്യയുടെ അടുക്കളക്ക് അരിഞ്ഞുകൊണ്ട് അടുക്കളയ്ക്ക് ചെന്നു ചെന്നുകൊണ്ട് അടുക്കൽ അങ്ങനെ ചെന്നുമോണ്ട് സ്വാംഗത്തെ കുഴിയവളായി അദ്ദേഹത്തിന്റെ ഉത്തമാങ്കം ശിരസ് ആ ശിരസ് എടുത്ത് എന്റെ മടിയിൽ എന്താ എണീക്കാനായിട്ട് ഇങ്ങനെ പുറപ്പെടാൻ ഇല്ലാ അങ്ങനെ വന്നപ്പോ ആ ശിരത്തെങ്കിലും ഒന്നും ഇറന്നിരുന്നോട്ടേ ചിട്ടാണ് എന്തുകൊണ്ട് എന്റെ മടി ഇരിക്കു വെച്ചു എന്താൽ കുറച്ചുനേരങ്കിലും ആവാലോ എന്ന് മനസ്സിലായി കൊറച്ചുനേരെങ്കിലും അദ്ദേഹത്തിന്റെ അടുക്കൽ അങ്ങനെ വർത്തിക്കാതെ വച്ചിട്ടാണ് എന്നിട്ട് അവിടെ അങ്ങനെ ഗ്രഹ എന്നിട്ട് നോക്കിയപ്പോ ഭഗവാനവിടെ ഇങ്ങനെ നിൽക്കുന്നു മുമ്പ് അല്ലെ എന്നിട്ട് രഘുവീരം ആ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു മനസ്സിലുള്ള ദുഃഖത്തിന്റെ അധികം കൊണ്ട് തയ്ക്കു അടിയനോട് ഒരു ഉപകാരം ചെയ്യടെ എന്താ തന്നെ ജീവൻ രഘുനായകുദ്ധം അവിടുന്ന് രഘുനായകനാണല്ലോ വിഘുവംശ്രേഷ്ഠനായിട്ടുള്ള ആള് സകലകൂർ സകല ഗുണസമ്പൂർണനായിട്ടുള്ള ആളാണ് അവിടുന്ന് അവിടുന്ന് അടിയന് ഒരു ഉപകാരം ചെയ്യൂ അവിടുന്ന് അപേക്ഷിക്കുന്നു ഉപകാരം ചെയ്യണേ ഉപകാരം ചെയ്യണേന്ന് എന്താണ് ഉപകാരം വേണ്ടത് ആണ് ഇവരൊന്നും ചെയ്യണ്ട മൈ ബാണി മുൻചാ അങ് അടിയന്റെ നേരെ ഒരു ബാണത്തെ പൊഴിച്ചു ഒരു ശരം കൂടി പ്രയോഗിച്ചു അവിടെ നിന്ന് അടിയന്റെ നേരെ പ്രയോഗിച്ചു രമാ ഒന്നുകൂടി പ്രയോഗിച്ചോളൂ ഒരു ശരം അതുപോലത്തെ ശരമൊന്നും വേണ്ട പണം ഏതെങ്കിലും ഒരു ശരം മതി അങ്ങയുടെ അവനാഴിയിലുള്ള ഏതെങ്കിലും ഒരു ശരം പ്രയോഗിച്ചാ മതി അടിയന്റെ നേരെ പ്രയോഗിക്കൂ രാജമയ നേരെ ഒരു ശരം കൂടി പ്രയോഗിച്ചു ആരേ എന്തായാലും പറയണത് താരയുടെ നേരെ ശരം പ്രയോഗിക്കൂ ം പ്രയോഗിക്കണെങ്ക എങ്ങനെയുണ്ടെന്ന് ആരുക നേര ആപരാശികളുടെ നേരെയല്ലേ നേരെ എന്തിനു പ്രയോഗിക്കുന്നു സ്വാമൻ അടിയന്റെ നേരെ പ്രയോഗിക്കണം എന്താ അതെന്നാണെങ്കിൽ അടിയന്റെ സ്ഥിതി എന്താ അനഭേദ ജീവാ മാം അനഭേദ ജീവയാണ് അടിയന്റെ പ്രാണം പോണല്ലോ ില്ലോ പ്രാണം പോയിട്ടില്ല പോലാ അതുകൊണ്ട് അത് തന്നെ ഒരു വല്യ പ്രയാസല്ലേ പ്രാണ്പോകാതെ കണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഏവം ഗതേ പ്രിയതമേ പ്രിയതമൻ ഏവം ഗതനായൂ അറിയന്റെ പ്രിയതമൻ ഇദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാലോ ഇന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വങ്ക ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയില് അദ്ദേഹത്തിനെ കാണാനുള്ള വേണ്ടും എന്ന് ലേശം പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വിവശനായിട്ട് ഇതിങ്ങനെ കാണണൂ കണ്ടിട്ട് അടിയന്തേ കാണം പോണില്ലല്ലോ രാമാ അങ്ങനല്ലേ വേണ്ടത് ഈ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കണില്ലേ അടിയന് പ്രിയതമേ പ്രിയതമനാണ് അത്യന്തം ഇഷ്ടനായിട്ടുള്ള ആളാണ് അടിയന് ഇദ്ദേഹത്തിന് വളരെ പ്രിയാണ് അദ്ദേഹത്തിന് അടിയന് അത് അത്രമാത്രം അല്ലേ അങ്ങനെ പ്രിയനായിട്ടുള്ള ദേഹത്തിന് ഇത്രമാത്രം കഠിനമായിട്ടുള്ളൊരാപത്ത് വന്നിട്ട് എന്റെ പ്രാണങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ല എന്റെ മനസ്സ് അത്ര കഠിനമാണ് കഠിനഹൃദയാണ് സംശയമില്ല അതല്ലെങ്കിൽ എന്തു വേണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ എടു കാണുന്ന സമയത്തെങ്കില് രാമാ അദ്ദേഹത്തിനോടുള്ള നേഹാലിക്ക് കൊണ്ടുവന്നു വേണം എന്റെ ഹൃദയാണ് ഇവിടെ പുലർന്നു പ്രാണം പോകേണ്ടതല്ലേ അത് അവണല്ലോ രാണം പോകുന്നില്ല ഇതാണ് സാധാരണ എല്ലാവരും പറയാള് സ്ത്രീകള് കഠിനഹൃദയങ്ങളാണ് ഹൃദയത്തിന് കാഠിന്യം കൂടുതലാണ് എന്നാല് പറയാറുണ്ടല്ലോ അനുഭവായില്ലേ രാമൻ തന്നെ അനുഭവമായില്ലോ എന്റെ എവിടെ ആണെങ്കിൽ കിട്ടുകൊറച്ചു അടിയൻ കഠിനഹൃദയാണ് എന്നുള്ളത് ഹൃദയത്തിന് രേശെങ്കിലും നൈർമല്യം ഉണ്ടെങ്കിൽ ഇങ്ങനല്ലോ സംഭവിക്ക അതും രാമൻ അനുഭവമല്ലേ രാമനും വനവാസത്തിന് അങ്ങോട്ട് പുറപ്പെട്ട സമയത്തെങ്കിൽ രാമനോട് അത്യന്തം ഇഷ്ടനായിട്ടുണ്ട് അച്ഛൻ എന്താ സംഭവിച്ചേ ആ വിരഹ ദുഃഖം സഹിക്കവയ്യാതെ കിട്ടു വർദ്ധിച്ചിട്ട് അദ്ദേഹത്തിന് ആവശ്യവൊന്നുമില്ലേ രാമാ ഇതാണ് പുരുഷനും സ്ത്രീയായിട്ടുള്ള മാറ്റം അച്ഛനായിട്ടുള്ള അദ്ദേഹത്തിന് കുറച്ച് സംവത്സരങ്ങള് വിരഹം അനുഭവിക്കാൻ സാധ്യ സാധിച്ചിട്ടില്ല അല്ലേ ഇതിപ്പോ അങ്ങനെയല്ല ജീവിതകാലം മുഴുവൻ തന്നെയാണ് വിരഹ അനുഭവിക്കാമുള്ളത് അത് കണ്ടുകൊണ്ട് ഞാൻ അടിയനെ മൂലം ജീവിച്ചുകൊണ്ടിരിക്കലോ ഒരു അടിയൻ കഠിനയാണ് അതുകൊണ്ട് ഒരു ശരം പ്രയോഗിച്ചു ആരേ ശരം പ്രയോഗിച്ചു ആരാ ആരാ സ്ത്രീയല്ലേ സ്ത്രീയുടെ ശരം പ്രയോഗിച്ചു സ്ത്രീയാന്ന് കണക്കാക്കണ്ട പിന്നെ സ്ത്രീയെ സ്ത്രീന്നല്ലേ കണക്കാക്കുക അങ്ങനെ വിചാരിക്കണ്ട പിന്നെന്താ ഒരു കാര്യം ചെയ്തോളൂ രാക്ഷസീതി രാക്ഷസിയാന്ന് വിചാരിക്കൂ ഇതൊരു വനര സ്ത്രീയല്ല രാക്ഷസിയാണ് എന്ന് കണക്കാക്കൂ രാമ രാക്ഷസികള് കഠിനെ കടലേ രാ രാക്ഷതിയാണെന്ന് വിചാരിക്കൂ രാക്ഷസി ആണെങ്കിൽ സ്ത്രീ തന്നെ അല്ലേ സ്ത്രീ അല്ലാണ്ടിരിക്കോ എന്നാ രാമാ രാമൻ അതിന്റെ പരിചയമുണ്ടല്ലോ രാക്ഷതിയെ നിഗ്രഹിക്കണ്ടല്ലേ താടകാരേ താടകാരിയല്ലേ രാമൻ താടകയെ നിഗ്രഹിച്ചല്ലേ താടക ഒരു സ്ത്രീയാണല്ലോ അതേപോലെ കണക്കാക്കിയാ മതി നീ ഉള്ളവിടെ രാഷയാണ് കഠിനഹൃദയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശരപ്രയോഗ്രയോഗിച്ചു അങ്ങനെ ചെയ്താലോ അങ്ങോ ശ്രേയസ്വൻ രാമാ രാ അടിയന്റെ നേരെ ശരപ്രയോഗിച്ചാൽ അവനക്ക് ശ്രേയസ് ശ്രേയോ മഹൽ വലുതായിട്ട് ശ്രേയസ എന്താന്നാണെങ്കിൽ ആ ചെയ്യണതായിട്ടുള്ള കാര്യം എങ്ങനെ ഉള്ളതാ കുരുചിയെ നിഗ്രഹിക്കൂന്നല്ല ഇതുകൊണ്ട് ചെയ്യാൻ പോണത് വലുതായിട്ടുള്ള കൂടിയുള്ള സംഗമത്തെ ചെയ്യണ ആള് എന്റെ പ്രേതവനായിട്ടുള്ള ദേഹം ഹലോകത്തിൽ പോയി െങ്കിൽ ആ അദ്ദേഹത്തിനോട് കൂടി ചേരാനുള്ള ഒരു അവസരല്ലേ ഉണ്ടാകണത് അദ്ദേഹത്തിന് അടിയനെ പിടിഞ്ഞിരിക്കാൻ സാധ്യല്ല ഈഹലോകത്തെങ്കിലെങ്ങനോ അതേപോലെ പരലോകത്തെങ്കിലും വേണം അവിടെ ചെന്നാലും അടിയനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോ അടിയനോടുള്ള വിരഹണ്ടില്ലേ ആ അതിനൊരു കുറവുണ്ടാകും അതുകൊണ്ട് അടിയരും കൂടി ഇദ്ദേഹത്തിന്റെ കൂടെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തീർന്നു അദ്ദേഹത്തിനോട് കൂടി ചേരാനുള്ള അവസരം സമീപത്തെങ്കിലേക്ക് പോയാൽ ദണ്ട് സഹിതലോ അത് അങ്ങക്കോ അനുഭവണ്ടതല്ലേ അല്ലേ അവനവൻ അനുഭവിക്കണതാണല്ലോ അല്ലേ അല്ലെ ആ ദുഃഖം ആ ദുഃഖം ഇദ്ദേഹത്തിനുണ്ടാവണം ഇദ്ദേഹം പരലോകത്തെങ്കിലെങ്കിലും ഒന്നിച്ചു ചേരാലോ അങ്ങനെ വരണ സമയത്തെങ്കില് ശ്രേയോ സംഗമകാരിയായിട്ടുള്ള അങ്ങക്ക് വലുതായിട്ടുള്ള ശ്രേയസ് അതുകൊണ്ട് എന്തിനാ ഭൂമിയിൽ ഇങ്ങനെ കഴിയണത് അദ്ദേഹത്തിന്റെ കൂടെ പല ലോകത്തെങ്കിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തീർക്കണേ രമാ േ എന്താ പറയണത് ഇങ്ങനെ പറയേ എന്താ അദ്ദേഹത്തിന് തോന്നിയതാവൂന്നി വേഗം ഭഗവാനോട് രാജ്യോ അങ്ങോട്ട് പറഞ്ഞു ഹാത്മ്യം പവ മഹിമൻ അജാനവീയം യജി പ്രതപതി മുഖമുഖമൂഢദേവം ഭുവന പവേ ക്ഷമസ്വരാജൻ ആവന്നേത്യജപേധി വനരീ എന്തൊക്കെയോ പറയണു പ്രലപിക്കുന്നു പറയണെന്നൊന്നും പറയാൻ ഉറങ്ങില്ല എന്തൊക്കെയോ പറയണ്ടേ പറയണ കേക്കുമ്പോഴാണ് മനസ്സിലായത് ആരോടാ പറയണേ എന്താ പറയണേന്ന് ആലോചിച്ചിട്ടേ കവമാ അങ്ങയുടെ മാഹാത്മ്യത്തെ അറിയാതെ കണ്ടാണ് പറയണത് അങ്ങാരാണ് എത്രത്തോളം വൈഭവം ഉണ്ടോ ഒന്നും നിശ്ചയില്ല എന്തൊക്കെയോ പറയണു എന്താ പറയണ കാരണം എന്താണെങ്കിൽ വേറൊന്നുമല്ല ദുഃഖമൂഢ കേധികം ഞാൻ വിഴിഞ്ഞു പോടുവലോ എന്നുള്ള ദുഃഖന്റെ ആ ദുഃഖം കൊണ്ടുള്ളതാണ് ആ ദുഃഖത്തിന്റെ അധികം കൊണ്ട് മൂഢമായ ആലോചിക്കാതെ കഴിവില്ലാണ്ടായി അറിയാത്തതുകൊണ്ടല്ല അങ്ങയുടെ വൈഭവ മനസ്സിലാക്കാത്തോണ്ടല്ല പക്ഷേ സഹിക്കവയ്യാതെ ദുഃഖം ഉണ്ടാകുമ്പോ അതൊന്നും ചിന്തിക്കാൻ തോന്നില്ല അതുകൊണ്ട് ക്ഷമിക്കണേ എല്ലാം ക്ഷമിക്കണേ ഇവിടെ പറഞ്ഞ നോക്ക് തൽസർവം ക്ഷമസ്വര ക്ഷമിക്കണേ എങ്ങനെ ക്ഷമിക്കണു എന്നാണെങ്കിൽ ആ പന്ന ഇതി ആപത്തനെ പ്രാപിച്ചു വലുതായിട്ട് ആപസ്തു എന്ന് വിചാരിച്ചാണ് പറയണത് ആപന്ന അതിജല അതിജപലയാണ് ചാബല്യം സ്ത്രീ ചാബല്യം സ്ത്രീകളാവുമ്പോ ആലോചിക്കാണ്ട് പലതും പറയും അതേപോലെ കണക്കാക്കിയാൽ മതി എന്ന് മാത്രല്ല വനലീജി വാനല അതുകൊണ്ട് അങ് എന്തോ കഥയില്ലാതെ കണ്ടോരോന്ന് പറയണതാണ് അങ് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് ഭാര്യ ഭഗവാനോ അപേക്ഷിച്ചു അതിൻ്റെ ശേഷം ആ അങ്ങനെ ഭഗവാനെ തോരോന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശേഷം സഹസ്രാക്ഷാണി സഹസ്രവരമയം ബലവൌഷവ വർദ്ധിമാത്മനോമാല വിനയ വിപ്രതീസാരതഗ്രീവസ്ഥ ഗ്രീവാധരണം ചിഥാളിതം നിജാത്മജം അംഗദം അഭംഗുരാനുഭവേ രുനിധായ ജനയ സമർപ്പിതന ശുക്രാ ഏതാണ്ട് മരണലക്ഷണങ്ങൾ ഓണോന്ന് അവനവ അവനവ അനുഭവമായി തൂങ്ങി അങ്ങനെ വന്ന സമയത്തെങ്കില് ആത്മാന ആത്മാല ഒരു വിശേഷ മാലയുണ്ടല്ലോ ആ മല ഏത് ഏതാത് എന്നാണെങ്കിൽ ഇന്ദ്രൻ കൊടുത്തതായിട്ടുള്ള മാലയുണ്ടല്ലോ സഹസ്രാഹി സഹസ്രാക്ഷിതാം സഹസ്രാക്ഷരം ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള മാല അതെങ്ങനെയുള്ളതാ കാർത്തര സഹസ്രപത്രമീം കാർത്തായിട്ട് മാല സ്വർണമായിട്ടുള്ള താമര കൊണ്ടുള്ള മാല താമരപ്പൂവിന്റെ കീഴിലുള്ളതാണ് അതാണ് കാർത്തസ്വര സഹസ്രപത്രമീം സ്വർണ താമരപ്പൂക്കളെ കൊണ്ടുള്ള മാല അങ്ങനെയുള്ള മാല അതെങ്ങനെയാ ആത്മനാമാല മാല എന്തിനാ ബലപൗരുഷ വർദ്ധീനിയും തന്റെ പരാക്രമം വർദ്ധിക്കും അപ്പോൾ തന്നെ പൗരുഷവും രണ്ടും വർദ്ധിക്കണതായിട്ടുള്ള ആ മാല തോന്നി ഇനി എന്തിനാ തനിക്കത് അല്ലേ തന്റെ ആവശ്യം ഇല്ലാന്ന് നിശ്ചയിച്ചു വേഗം ആ മാല കയറ്റി നാം ഊരി എടുത്ത് കഴിഞ്ഞിട്ട് ആർഹാ വേഗം സമീപത്തെങ്കിലും എന്നെ ഉണ്ടല്ലോ അല്ലേ ആത്മനോമാല വിനയാരണം കഴത്തില് എന്താണെങ്കിൽ വിനയവിപ്രതീസാരനാണ് വിനയം വിനയം ഇങ്ങനെ വിനയുണ്ടായിട്ടുല്ല യുടെ മുമ്പില് തലയെ താഴ്ത്തിയാണ് അവിടെ ഇരിക്കുന്നത് എന്താ കാരണംന്നാണെങ്കിൽ ആ അനവധികാരം ബാലിയെ പേടിച്ച് മദ്യവാം പർവതത്തെങ്കിലും കഴിയുണ്ടായി അതിനു മുമ്പ് ബാലിയോട് കൂടിയിട്ട് കിട്ടുകയുണ്ടായി വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കണ്ണി കഴിയുന്ന ആളാണ് ഇങ്ങനെ രണ്ടും ഉണ്ടായിട്ടുണ്ട് ഈ സുഗ്രീവൻ ഇത് കഴിഞ്ഞ ഈ അവിടെ കഴിയുന്നതായുള്ള ക്ലേശം ഇല്ലാണ്ടാവണ കേട്ടാണ് ഭഗവാന്റെ ആശ്രയം ഉണ്ടായത് ഈ ശരം കൊണ്ടങ്ങും വീണപ്പോഗ്രീവന് തോന്നി വേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഇതൊന്നും വേണ്ടിയിരുന്നില്ല ആ പർവ്വതത്തിന് മുകളിൽ അവിടെ ജ്യേഷൻ്റെ ഈ പാരവശ്യത്തോടുള്ള അവസാന കണ്ടിട്ട് സഹിയാതെ കണ്ടുള്ളതുണ്ട് പറയാൻ നോക്കിയില്ല എന്താ പറയാൻ പറ്റുക ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ നോക്കിയില്ല കാനല്ലേ ഇപ്പൊ ഇതിന് കാരണം അല്ലേ ഒന്നും വേണ്ടിയിരുന്നില്ലോ അത്രേ ബഹുമാനാ ഏഷ്ടന്ന് പറഞ്ഞ അത്രേ ബഹുമാനം കണ്ടില്ല ആ അദ്ദേഹത്തിന്റെ അടുക്ക തന്നെ തലയെന്താക്കിയാണ് ഇരിക്കുന്നത് നേരിട്ടൊന്നും നോക്കാൻ പോലും ധൈര്യം ഇല്ല തന്നെ ഇല്ല നല്ല സമയത്ത് തന്നെ നേരിട്ട് നോക്കാനുള്ള ധൈര്യം ഇല്ല അത്രേ വിനയുള്ള ആളാണ് ഇവിടെ തലേൻ താത്തി അങ്ങനെയിരിക്കണോ അത് ബാലിക്കു മനസ്സിലായിട്ടുണ്ട് ഇരിപ്പ് കണ്ടപ്പോ സാധാരണ ബിജയ് ബിജയ് ജയിച്ച് അഹങ്കാരത്തോട് കൂടിയിട്ടാണ് വേണ്ടതല്ലേ താൻ ആഗ്രഹമില്ലേ ഇതൊന്നുമല്ല അടുക്കത്തന്നെ തലേൻ താത്തിയാണ് ഇരിക്കുന്നത് ആ സുഗ്രീവന്റെ ഗ്രീവാഭരണം ഒരു പാലയുടെ കഴുത്തിലാണ് അദ്ദേഹം സംശയം ഉണ്ടായില്ല തന്റെ അനുജനായിട്ട് സുഗ്രീവന്റെ കടുത്തിലാണോ നമ്മൾ വിജയിച്ചത് അത്രേ പ്രതിപത്തി ഭാര്യക്ക് സുഗ്രീവനോടുണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ ശക്തി കൊണ്ടാണ് ഇത്രയും വിരോധമൊക്കെ ഉണ്ടായത് അങ്ങനെ ആ സുഗ്രീവനെ മാല കഴുത്തിട്ടു അതിന്റെ ശേഷം അംഗതം അംഗതൻ അംഗതനും സമീപത്തിൽ ആരാ തന്റെ പുത്രനായിട്ട് അങ്കതന് നിത്യരാടി നിത്യരാടിതനാ നാം വളരെ സ്നേഹത്തോടുകൂടി ലാടിച്ചു കൊണ്ടിരിക്കുന്നു നിജാത്മജം അംഗതം അംഗതന് ആ അങ്കജനെ എന്താ വേണ്ടത് തനിക്ക് വന്ന പോലെ ഇങ്ങനെയുള്ളൊരു അബദ്ധം പറ്റാതെ കണ്ടിരിക്കണ്ടേ തൻ്റെ അഹങ്കാരം കൊണ്ടാണ് തനിക്ക് സംഭവിച്ചത് അല്ലേ ഇത് അതെന്താ വേണ്ടേ എന്ന് ആലോചിച്ചിട്ട് അഭംഗരാനുഭാവേ അഭംഗരാനുഭാവനായിട്ടുള്ള ഭഗവാനെ ഏൽപ്പിച്ചു കൊണ്ട് ഭഗവാന് രാമ രാമനോട് ഒരേ അപേക്ഷയുള്ളൂ വേറൊന്നുമില്ല എന്റെ പുത്രനായിട്ട് ഈ അംഗതൻ എന്ന് മാത്രല്ല അനുജനായിട്ട് ലക്ഷ്മണൻ ഇവര് രണ്ടു പേരും ആണ് ഇവര് എന്തെങ്കിലും അപരാധം ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെ കണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ ക്ഷമിക്കണേ ക്ഷമിക്കണേ ഒരു വനരനാണ് ശബലനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമിക്കണേ രാമ അപകുരനുഭാവേ ആഹ് ആ രാമനെ അതേപോലെ തന്റെ അതിന്റെ ശേഷം സമർപ്പിതനായ കഥാനനോ ഭഗവാന്റെ മുഖം മുഖമാകുന്ന തഥാനിതം താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള മുഖം ആ മുഖത്തെങ്കിൽ യനായി തന്റെ കണ്ണ് അവിടെ സമർപ്പിച്ചു ഭാര്യയുടെ കണ്ണ് ഭഗവാന്റെ മുഖത്തിൽ അങ്ങ് ഓർത്തു സമർപ്പിത നയനാഹാ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള മുഖം ആ ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് കേശാതിപാതം കണ്ട് കണ്ട് ആ ഭഗവാൻ മുഖത്ത് ആ കണ്ണങ്ങൾ ഓർത്തു അങ്ങനെയാണല്ലോ മരണം അടുക്കണ സമയത്ത് കണ്ണ് ഒരിക്കലും ഓർക്കും അതേപോലെ ഇവിടെ ഉറച്ചത് എവിടെയാ സമർപ്പിതനായ ഭഗവാന്റെ കാരണം ഉറച്ച അവിടെ നിന്നും കൊണ്ട് തീർന്നു അതോടുകൂടി അദ്ദേഹത്തിന് ഞങ്ങളിൽ ലഭിച്ചു എന്ന് വേണം പറയാൻ അതെ കണ്ട് അദ്ദേഹം അല്ല അതെ കണ്ട് ബാലിക്ക് മരണം സംഭവിച്ചു എന്നല്ല ഭഗവാൻ അവിടെ ഉറച്ചു ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഭഗവാനെ കണ്ടും കൊണ്ടാണ് കേശാധിഭാഗം കണ്ടു കണ്ട് ഭഗവാന്റെ മന മുഖത്ത് കണ്ണുറച്ച് അദ്ദേഹത്തിന് അന്തരിച്ചു ബാലിക്ക് മോക്ഷം തന്നെ കിട്ടി ആർക്കങ്ങനെ സഹിച്ചിട്ടുള്ളത് ഭഗവാനെ കണ്ടും ാണനങ്ങൾ പോവുക എന്നുള്ളത് വളരെ വളരെ ഭാഗ്യം ഉണ്ടാവണം അനവഹി പുണ്യം ജീവിതത്തിന്റെ ഫലമായിട്ട് സിദ്ധിച്ചു അങ്ങനെ അത് കേട്ടു അതിന്റെ ശേഷം വിഭാവരാത്മജാ പ്രഭോ ആജ്ഞ ബാലിദേഹർ ജാമ്പതിപത്തെ വിത്യപുത്രനായിട്ട സുഗ്രീവൻ ബാലിദേഹ നിർഹർഹണ ബാലിയുടെ ദേഹ നിർഹർഹണത്തെ പറഞ്ഞാൽ സംസ്കാരാദികളായിട്ടുള്ള പിതൃകർമ്മങ്ങളൊക്കെ നല്ലത് ഭംഗിയായിട്ട് ഭഗവാന്റെ ബാലിയുടെ പ്രാണം പൂവ കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു വരുക നിങ്ങൾ തമ്മിൽ വിരോഹാണ് പരക്കാലം ഒക്കെ ഇല്ല പക്ഷേ മരണം കഴിഞ്ഞാൽ പിന്നെ വിദ്രോഹില്ല അതുകൊണ്ടൊരു ചെയ്യണം സംസ്കാരാദികളായിട്ടുള്ള പൊതുകർമ്മങ്ങള് എങ്ങനെയാണോ അത് ഭംഗിയായിട്ട് നിർവഹിക്കൂ നിങ്ങളെ വിശയനുസരിച്ച് എങ്ങനെയാണോ ആ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയോ നിർവഹിക്കൂ എന്ന് പ്രഭോ ആജ്ഞയാ ഭഗവാന്റെ കത്ത്നാഹാ അതനുസരിച്ച് ജീവൻ അംഗീതൻ അംഗീതം തുടങ്ങിയിട്ടുള്ള അതുകൾ വിധിയ വിദ്യാവും മണ്ണം ഭംഗിയായിട്ട് അതിന്റെ ശേഷം അല്ലാണ്ട് അനുഭൂതിപ്പെട്ടതും പേര് മാത്രമേ ഉള്ളൂ ജാമ്പാനും അതിബുദ്ധിമാനായിട്ടുള്ള ജാമ്പവാൻ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഹനുമാൻ നീരൻ തുടങ്ങിയിട്ടുള്ള ആളുകളല്ലേ ഇവരെല്ലാവരും കൂടി ഭാര്യയെ മരണം കഴിച്ചതിന്റെ ശേഷം നല്ല വിശേഷപ്പെട്ട ഭഗിയായിട്ട് വനരചക്രവർത്തിയാക്കി വളരെ ഭംഗിയായി അതുപോലെ തന്നെ അംഗരാ യുവരാജ ചക്രീവനെ വനരചക്രവർത്തിയാക്കി ോ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു ഇത്രയും കഴിഞ്ഞു ഭഗവാൻ സംസ്കൃതം ശൃംഖോം ഘുപതിഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രകടിയു പിന്ന എന്താ അത് ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ കാരണം സംസ്കൃതാർത്ഥം യുദ്ധം സംസ്കൃതാർത്ഥമായിട്ടത് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള കാര്യം ചെയ്തു തന്റെ ആവശ്യമാണല്ലോ അല്ലേ ഈ പ്രതിജ്ഞ ചെയ്തത് തന്റെ ആവശ്യ ഭാര്യയെഗ്രഹിച്ച് സുഗ്രീവനെ വനരചക്രവർത്തിയാക്കി ചെയ്താലാണ് സീതാദേവിയെ സമ്പാദിക്കാൻ സാധ്യവ അന്വേഷിക്കുകയൊക്കെ വേണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്തു അതാണ് അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തല്ലേ എന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിന് ചെയ്തതല്ല പിന്നോ ജഗത ഉപകൃതവും യുദ്ധം ജഗതുപകൃതിക്കായിക്കൊണ്ട് ലോകോപകാരത്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് അവനവന്റെ കാര്യത്തിനല്ല ലോകശ്രേയത്തിന് വേണ്ടിയിട്ടൊന്നും ലോകശ്രേയാണ് തനിക്ക് ഗീത കിട്ടാനല്ലേ ഗീതം കിട്ടാൻ വേണ്ടിയിട്ടല്ല ോകശ്രേയസ് എന്ന് പറഞ്ഞത് ഈ സുഗ്രീവൻ അനവധികാലമായിട്ട് അസഹിക്കവയ്യാതെ കൊണ്ട് ദണ്ഡം അനുഭവിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടി വുഗ്രീവനെ സഹായിക്കാൻ ആരുണ്ടായിട്ടില്ല ആ സുഗ്രീവന് വേണ്ട സഹായം ചെയ്യുന്നു വാത്സല്യംമാരായിട്ടുള്ള ആളുകളെ സഹായിക്കരു അതാണ് ജഗതുപകൃതൂഹു ലോകോപകാരം എന്ന് പറയാൻ കാരണം ആരും ആശ്രയമില്ലാതെ കണ്ട് ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭേണ്ട സഹായം ചെയ്തു കൊടുക്കുകയെ സമ്പാദിക്കാൻ സന്നഹിത അല്ലെങ്കിൽ വേറെ മാർഗമുണ്ട് അതൊരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഇത് ചെയ്യാനായിട്ടേ ഉള്ളൂ അതാണ് ലോപോകാരത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇത ജഗതുപകൃതവും അതിന്റെ ശേഷം സുഗ്രീവൻ സുഗ്രീവാ സുഗ്രീവന്റെ കാര്യമൊക്കെ ഭംഗിയായില്ലേ ഒരു കാര്യം ചെയ്യും അനവധി കാലമായിട്ടും ആ പർവ്വതത്തിൻ്റെ മുകളിൽ കിടന്ന ദുരന്തം അനുഭവിച്ചുകൊണ്ട് കൈ എൻ്റെ കൈ അല്ലേ ഇനി കുറച്ച് കാലം സുഖമായിട്ട് അവിടെ വളരെ ദുഃഖമായിട്ട് ഇനി വേണ്ടത് സുഖീവനാണ് വേണ്ടത് എവിടെയാണോ സീതയുള്ളത് എന്ന് അന്വേഷിച്ച് വേണ്ടേ കുറച്ച് അധികം ഇതുപോലെ എളുപ്പമല്ല കുറേം പ്രയത്ന അതുകൊണ്ട് ഇപ്പം അതിന് പുറപ്പെടണം കുറച്ച് കാലം എന്ന് മാത്രല്ല മഴക്കാലം തുടങ്ങാൻ പറ്റില്ല ഇനിയിപ്പ മഴയങ്ങടെ ആവുകയല്ലേ മഴ തുടങ്ങിയാൽ ഒരു കാര്യവും വേണ്ട പോലെ അറിയാം ഭംഗിയാവണമെങ്കിൽ എന്ത് വേണം മഴ കഴിഞ്ഞിട്ടാവാം ഒരു നാല് മാസക്കാലം അപ്പോഴും മഴ ഇല്ലാതെ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശീതാന്വേഷണത്തിന് അവിടെ പറഞ്ഞേക്കാം തൽക്കാലം ഇവർ സുഖമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ൂ ഞാൻ മല്യവാംബർ പദത്തിൽ പോയി നാല് മാസം ചാതുർമാസ്യം നാല് മാസം ചാതുർമാസ ഇവിടെ നാല് മാസക്കാലം ഏർ എന്ന് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ വൈഷക്കാലം എന്ന് കഴിയണോ എന്നാണോ വൈഷക്കാലം അവസാനിക്കണത് അന്ന് സുഗ്രീവനങ്ങൾ വരണം നാല് മാസം കഴിയ വൈഷക്കാലം കഴിയത് രണ്ടും എപ്പോഴാണോ അന്നത് സുഗ്രീവനങ്ങൾ ഞാൻ മല്യവാർവതത്തിലുണ്ടാവും ലക്ഷ്മണ എന്നാൽ അപ്പഴൊക്കെ എങ്ങനെയായി ശൃങ്കോടി ചിംഗോൾ സ്ഥല ചിങ്കൽ സ്ഥലിതങ്ങളായിട്ടുള്ള ജനതങ്ങളോട് കൂടി വെച്ച ഈ പർവ്വതത്തിന്റെ ഒരു ഭാഗത്തെങ്കില് മേഘങ്ങള് മറഞ്ഞേക്കണു മഴ തുടങ്ങി എന്ന് പറയാൻ ഭാവിയില്ല മഴയുടെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് മഴയുടെ അങ്ങനെ ആദ്യ താമസമല്ല മഴ തുടങ്ങാനായിട്ട് ഇപ്പൊ തന്നെയല്ല ചിലപ്പോ ശബ്ദങ്ങള് ഉണ്ടാവുമല്ലോ അതൊക്കെ അപ്പോ പർവതത്തിന്റെ ഉപരിഭാഗത്തിൽ മേഘങ്ങള് പർവതത്തിങ്ങനവിടെ വന്നു അവിടെ എന്നാൽ ഭഗവാൻ അത്ര വലിയ മോഹംന്ന് ചോദിച്ചാൽ സീതയെ കണ്ട അത് ഉണ്ടാവും അതല്ലെങ്കിൽ അവനവന്റെ കാര്യം സാധിക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൂടെ മഴയായ എന്താ വെയിലായാ എന്താ കാര്യം നടക്കാനായിട്ട് ഉത്സാഹിക്കണ്ടേ സുഗ്രീവ ഒരു കാര്യം സുഗ്രീപന്റെ കാര്യം കഴിഞ്ഞില്ലേ ഇന്ന് തുടങ്ങിക്കോട്ടെ ചെയ്താൽ നോക്കണം ആ എന്ന് പറഞ്ഞാൽ ഉത്സാഹിക്കല്ലോ വേണ്ടേ മഴ ആയന്താ മഴക്കാലത്തു എന്നാണ് തീരെ സമ്പാദിക്കാനൊക്കെ അത്ര താല്പര്യമില്ല ആ ബുക്കെ പതി അങ്ങനല്ലേ അങ്ങനെയല്ലൂടി ചേരണം എന്നുള്ള മോഹം മനസ്സിലായിട്ടുണ്ട് ആവുന്നതും വേഗം ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് പിതയെ കാണണം പിതയുടെ അവസ്ഥാണ് എന്താ മനസ്സില അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോ അങ്ങനെയാണെങ്കിലും തന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരണം ചിതയേല് നാം വിചാരിക്കാൻ മാത്രം പോരാ സുഗ്രീവന്റെ അവസ്ഥ കൂടെ നോക്കട്ടെ അനവധികാരമായിട്ട് ഘട്ടിച്ചുകൊണ്ടിരിക്കണ സുഗ്രീവന് കുറച്ചു ദിവസവും ദുഃഖമായിട്ട് കഴിയാത്ത അവസരം ഉണ്ടാവട്ടെ ഏഹ് പിന്നെ മാത്രല്ല വൈഷാകാരവും രണ്ടും കൊണ്ടാണ് അല്ലെ അങ്ങനെയാണെങ്കിലും ഒത്തു ദിവസം നാലു മാസകാലം അത്രയും കാലം ഇത്രയും കാലം കഴിഞ്ഞു ലഘു അവിടെ വന്ന മദ്യപാമ്പുട മതത്തിൽ വന്ന ലക്ഷ്മണാ ഇവിടെ എവിടെ അധിവദിക്കാൻ നല്ല സ്ഥലം ഭംഗിയായിട്ടുള്ള സ്ഥലം നോക്കൂ ലക്ഷ്മണ നോക്കി അധിവദിക്കാനൊരു ഭരണശാല ഭർണശാലയുണ്ടാക്കി അനവധി ഭർണശാല ഉണ്ടാക്കി കഴിഞ്ഞതിന് മുമ്പ് അപ്പം അതുകൊണ്ട് സുണ്ടി ലക്ഷ്മണന് വലിയ പ്രയാസമൊന്നുമില്ല ഭംഗിയൊരു ഭർണശാല ഉണ്ടാക്കി ആ ഭർണശാലയിൽ അവിടെ ആ ഭഗവാൻ ഭംഗി ആ ആ ഭരണശാലയിൽ തമസിൻ്റെ ഇരുപണ്ട് നാല് മാസം ജാഗ്രമാസം ആ വർഷകാലം ആ സീതയെ അവുന്നതും വേഗം സമ്പാദിക്കണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് കഥ കഴിഞ്ഞതിന്റെ എന്റെ മനസ്സിലുണ്ട് എങ്കിലും കിട്ടി തയ്യല് പലരന്മാരെ സംരക്ഷിച്ചും കൊണ്ട് കുബീവൻ അവിടെ അഭിബന്ധിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ ഈ മലവാം പർവര് അവിടെ ഇങ്ങനെ ശ്രീരാമചന്ദ്രനോ പ്രതിജ്ഞ അനുസരിച്ച് ബാലിയെ വിഗ്രഹിച്ച് സുഗ്രീവനെ വാനരചക്രവർത്തിയായി അഭിഷേകം ജീവിതത്തിന്റെ ശേഷം മല്യവാം പർവതത്വം പഠിച്ചത് അപ്രകാരമെല്ലാം വിരിക്കുന്ന ഭഗവാൻ